ദൈവത്തിന് സ്തോത്രം ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരികൾക്കും കർത്തൃനാമത്തിൽ എന്റെ വിനീതമായ നമസ്കാരം നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് പാടാണ് ആഹ്വാനം ചെയ്യുന്നു ർത്താക്കളിലവരുളവാക്കി ധാർമ്മികരെയും ഏഴിപ്പൻ വഴി നോ കേ കർത്താവേങ്കരുണൈരന്യേ സങ്കേതം ഞങ്ങൾ ഞങ്ങൾ ദുർഷ്ടങ്ങളിൽ നിന്നോടിക്കുക നിന്ന ായ കർത്താവേ നിങ്ങളുണൈലന്യേ സങ്കേതം ഞങ്ങൾ ചെങ്ങുള്ളൂ ദുഷ്ടന് ഞങ്ങളിൽ നിന്നോടിക്കുക നി रगा ताळ तरु കരുണാമയനായ യേശുവേ ഞങ്ങൾക്ക് മോചനം തരണമേ കരുണാമയനായോ മമ മുക്തി ഏകണമേ ഞങ്ങൾക്ക് മോക്ഷം ഞങ്ങൾക്ക് മോചനം നൽകണമേ എന്തിലിന്താണ് മോചനം ഉലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ കലഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തെ ദുഷ്ടനായ പിശാജ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ പൈശാചികന്റെ എല്ലാ ദുർനടപടികളിൽ നിന്നും ദുഷ്പ്രേരണകളിൽ നിന്നും ദുർപ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം തരണമേ പൈശാചികൻ വരുത്തുന്ന സകല പാപങ്ങളിൽ നിന്നും സകല ശാപങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം തരണമേ തലമുറകളായി ഞങ്ങളുടെ മേൽ നിൽക്കുന്ന സകല പാപങ്ങളെയും ശാപങ്ങളെയും ബന്ധനങ്ങളെയും അഴിച്ച് ഞങ്ങൾക്ക് മോചനം തരണമേ മമ നൽകുക മുക്തി ഞങ്ങൾക്ക് മോചനം നൽകണമേ അങ്ങനെ പാടാനാണ് പിതാക്കന്മാർ അമ്മയെ പഠിപ്പിച്ചത് അങ്ങനെ പ്രാർത്ഥിക്കാനാണ് നാം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള സുവിശേഷ സമ്മേളനത്തിലാണ് നാം പങ്കെടുക്കുന്നത് വേറൊരു ലക്ഷ്യമില്ലെന്ന് നില പറഞ്ഞല്ലോ ഞാനത് എല്ലാ ദിവസവും ആവർത്തിച്ച് പറയും ഞങ്ങൾ എല്ലാവരും പറയും വേറൊന്നുമില്ല ഒരു പുതിയ സഭ സ്ഥാപിക്കില്ല ഒരു സഭ വിട്ട് വേറെ സഭയിലേക്ക് മാറില്ല മാറരുത് മാത്രമല്ല ഒരു കക്ഷി വിട്ട് വേറൊരു കക്ഷിയിലേക്ക് മാറില്ല കക്ഷി മത്സരങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് വിഭാഗീയ താൽപര്യങ്ങളില്ല പുറേ പൈസ കൂട്ടായ്മയുടെ പേരിൽ സമ്പാദിക്കുകയില്ല പൈസ സമാഹരിക്കുകയില്ല ആരോടും പൈസ ചോദിക്കുകയില്ല നിങ്ങൾ കാണിക്കിടണമെന്നൊന്നും പറയുകയില്ല എല്ലാം സ്വമേധയാ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ദൈവത്തിന് സ്തോത്രം വളരെ വ്യക്തമാണിതെല്ലാം വളരെ വളരെ ഉന്നതനായ എന്നോട് ചോദിച്ചു ചോദിച്ചത് എങ്ങനെയാണ് സാറ് ഈ പറയുന്ന ആശയങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതെല്ലാം നല്ല ആശയങ്ങളാണ് നല്ല വളരെ ഉന്നതമായ ആശയങ്ങളാണ് സന്തോഷമുണ്ട് പക്ഷേ സാറ് ഇപ്പോൾ വാർധക്യമായില്ലേ സാറിന് ശേഷം പിന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ അപ്പോഴത് പലതരത്തിലുള്ളതായ ദൂഷ്യങ്ങൾ വരുത്തുകയില്ലേ ഞാൻ പറഞ്ഞു ഇക്കണ്ട ജനം വരുന്നത് അത് എന്നെ കാണാനല്ല മറ്റാരെയെങ്കിലും കാണാനല്ല ആരെങ്കിലും പ്രസംഗം കേൾക്കാനുമല്ല ഒരു ഉന്നതമായ ആദർശം നിലനിർത്തുന്നു എന്നുള്ളതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഇരമ്പി കയറി വരുന്നത് ഈ ആദർശത്തിൽ നിന്ന് എന്ന് ആര് പുറകോട്ട് പോയാലും പിന്നെ ഒരു ഒറ്റ കുഞ്ഞും തിരിഞ്ഞു നോക്കുകയില്ല ഞാൻ പറഞ്ഞു ഈ ആത്മീകമായ ഉദാത്തമായ ആശയഗതിയിൽ നിന്ന് എന്നെങ്കിലും ആരെങ്കിലും തിരിഞ്ഞുപോയാൽ പിന്നെ ആരും ഈ കൂട്ടായ്മയിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല ഇപ്പോൾ ആർത്തിരുമ്പി വരുന്ന ജനങ്ങളൊന്നും പിന്നെ വരികയില്ല വരുന്നത് ഇവിടെ ക്രിസ്തു ഉള്ളത് കൊണ്ടാണ് ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മ അനേകരുടെ ബന്ധനങ്ങൾ അഴിയുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ആശയഗതിയിൽ മാറ്റം വന്നാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു പിന്നൊന്നും വേണ്ടിയില്ല ദൈവത്തിന് സ്തോത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കർത്താവായ യേശുവിനെ തന്നെയാണ് നമുക്ക് കൈവശം കിട്ടിയിരിക്കുന്നത് നിത്യനിധിയായ ക്രിസ്തുവിനെയാണ് അക്ഷയ നിക്ഷേപം അതാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത് അതാണ് നമ്മുടെ അടുത്ത് കിട്ടിയിരിക്കുന്നത് തൊട്ടടുത്ത് കിട്ടിയിരിക്കുകയാണ് മാറായിലെ കയ്പ് വെള്ളം കുടിച്ച് ആളുകൾ ഛർദിക്കാൻ തുടങ്ങി ദാഹിച്ചു വലയുക മൂന്നു ദിവസമായിട്ട് ഇച്ച് വെള്ളം കുടിച്ചിട്ടില്ല ഒന്നോ രണ്ടോ പേരാണോ ആറുന്നൂറായിരം പേര് ആറുലക്ഷം പേര് പക്ഷെ കിട്ടി വെള്ളം കിട്ടി കുടിച്ചു ആർത്തി പൂണ്ട് മുത്തിമുത്തി കുടിച്ചു കൈയിൽ കുടിക്കുന്നവർ കുടിക്കുന്നവർ ഛർദിക്കുന്നു ഷൂ ഇത് കുടിക്കാൻ വയ്യ അവരെല്ലാവരോട് കൂട്ടക്കരച്ചിൽ എല്ലാം പാവം മോശ എല്ലാം ദൈവത്തോടെ എണ്ണി എണ്ണി പറഞ്ഞ് കരയാൻ തുടങ്ങി ദൈവദാസനതല്ലേ പറു മോശക്കരഞ്ഞു കർത്താവ് പറഞ്ഞു ദൂരൊന്നും പോവണ്ട ദൂരിയൊന്നും പോവണ്ട തൊട്ടടുത്ത് തന്നെ പരിഹാരമുണ്ട് തൊട്ടടുത്ത് എന്താ പരിഹാരം അവിടെ ഒരു മരം നിൽപ്പുണ്ട് മരം മുറിച്ച് വെള്ളത്തിലിട്ടോളൂ കൈപ്പുള്ള വെള്ളത്തിലേക്കേ മരം മുറിച്ചിട്ടോളൂ ദൂരൊന്നും പോയില്ല അടുത്ത് തന്നെയുണ്ടായിരുന്നു പരിഹാരം പലരും പരിഹാരം കാണുന്നില്ല തൊട്ടടുത്ത് പരിഹാരമുണ്ട് പ്രിയപ്പെട്ടവരെ ആ മുറിക്കപ്പെട്ട മരം ഇന്നും സജീവമായി തിരക്തം വാർന്നൊഴുക്കിക്കൊണ്ട് ഇശായിയുടെ മുളയായവൻ ഭാവിന്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവും ആയവൻ അവൻ നമ്മുടെ ഇടയിലൂടെ സഞ്ചരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം നിസ്സാരമല്ലോ എന്തൊരു വലിയ പദവിയാണിത് നമുക്ക് എല്ലാ സഭകളെയും ബഹുമാനമാണ് എല്ലാ സമുദായങ്ങളെയും ആദരവാണ് സമുദായ നേതാക്കന്മാരെ നോക്ക് ബഹുമാനമാണ് ആരോടും നോക്ക് പരാതിയില്ലാരോടും പരിഭവമില്ല ഇതൊന്നും വെറും ചക്രവാക്കുകളല്ല സത്യമാണിത് പ്രിയപ്പെട്ടവരെ ആരോടും നോക്ക് പരാതികളില്ല ആരോടും പരിഭവങ്ങളില്ല ആകെ നമുക്ക് ഒന്നേയുള്ളൂ എന്റെ ദൈവമേ എന്റെ കർത്താവേ അവിടുത്തെ രണ്ടാമത്തെ വരയിൽ വിശുദ്ധന്മാർ പറന്നുയരുമ്പോൾ അക്കൂട്ടത്തിൽ പറക്കാനിടയാകണം ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചു എന്നും ഞങ്ങളിത് എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ഇത് ഏറ്റുചൊല്ലുന്നു ഞങ്ങളുടെ കർത്താവെ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നതെന്ന് മുന്നൂറ്റി പതിനെട്ട് ഭാവാമാരും കൂടി നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ എഴുതി വെച്ചതായ ആ മഹത്തായ ആശയഗതിയുടെ പ്രണയതാക്കളും യോക്താക്കളുമാകാൻ നാഥ നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു നാഥ ഞങ്ങളിതാകുന്നു രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ പറന്നുയരുമ്പോൾ കർത്താവെ പാവപ്പെട്ട ഞങ്ങളും പറന്നുയരാൻ ഞങ്ങളെ മുഴുവനായി ആത്മീയരാക്കണമേ ഞങ്ങളെ വിശുദ്ധരാക്കണമേ ഇതേയുള്ളൂ പ്രാർത്ഥന ഞങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളുവരെ അത് തുടരുമെന്ന് നിങ്ങൾ ഉറച്ചുകൊള്ളുക സ്തോത്രം പേഴ്സണലായിപ്പോ ഓരോസ് പറഞ്ഞു ഞാനാരെ വിശ്വസിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചുവിരിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം എന്തൊരു ധൈര്യമാണ് എനിക്കൊരാളെ പിടികിട്ടി പൊതുസിയെ പറയുകയാണ് എനിക്കൊരാളെ പിടികിട്ടി ഞാൻ ആരെ വിശ്വസിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു അവൻ എന്റെ ഉപനിധി ദാറ്റ് ഇറ്റ് ഇസ് കമ്മിറ്റഡ് ആണ് ടു ഹിസ് ഹാൻഡ്സ് അവന്റെ കൈകളിലേക്ക് ഞാൻ കൊടുത്തത് ഞാൻ എന്തവന്റെ കൈയിലേക്ക് കൊടുത്തോ അത് അതാണ് ഉപനിധി അവൻ എന്റെ ഉപനിധി ഞാൻ അവന്റെ കൈയിലേക്ക് കൊടുത്തത് അത് ആ ക്രിസ്തുവിന്റെ നാളുവരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു സ്തോത്രം അയ്യോ എന്തൊരു മൈക്കിൾ ഫാരഡേ എന്ന് പറയുന്ന സുപ്രസിദ്ധ ശാസ്ത്രജ്ഞൻ മരിക്കാൻ കിടക്കുകയായിരുന്നു മരിക്കാൻ കിടക്കുകയായിരുന്നു മരണത്തോടെ എടുത്തു അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ ആരാധകരും സുഹൃത്തുക്കളും സ്നേഹിതരും അഭയകാംക്ഷികളുമായ ഒട്ടേറെ ആളുകൾ വന്നിട്ടുണ്ട് ഏറ്റുമെടുത്ത സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ചോദിച്ചു ഈ ക്ഷീണം വന്നു ആലസ്യം വന്നു തളർച്ച വന്നു എന്തെങ്കിലും മനസ്സിന് മടുപ്പുണ്ടോ ഏതെങ്കിലും ഇതിൽ നിരാശ വരുന്നുണ്ടോ ഏ ഇല്ല എനിക്കോ ഇല്ല ഞാൻ ആരെയെ വിശ്വസിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു അവരെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു അപ്പോസൽ നായ പറഞ്ഞ വാക്ക് അത് മൈക്കിൾ ഫാർഡേ എന്ന സുപ്രസിദ്ധ ശാസ്ത്രജ്ഞൻ അദ്ദേഹം അത് അനുസ്മരിക്കുകയും അത് ആവർത്തിക്കുകയും ചെയ്യുകയായിരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയട്ടെ നമുക്ക് ആ ഒരാളെ പിടികിട്ടണം അതേ വേണ്ടു വേറൊന്നും വേണ്ട ഒരു കൂട്ടായ്മയെ പിടികിട്ടിയാൽ പോരാ കൂട്ടായ്മയിൽ വചനം പറയുന്നവരെ പിടികിട്ടിയാൽപ്പോൾ വരാ അവരോടൊരു അടുപ്പം കിട്ടിയാൽ പോരാ അവരെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സഹായിച്ചാൽ പോരാ അവരെ നിങ്ങൾ ഏതെല്ലാം തരത്തിൽ നിങ്ങൾക്ക് സഹായം ഉപകാരം ചെയ്യാൻ പറ്റുമോ അത് ചെയ്താലും പോരാ നിങ്ങൾക്ക് പിടികിട്ടേണ്ട ഒരാളുണ്ട് ആരാണത് എന്റെ കർത്താവെ നിങ്ങൾക്ക് പിടികിട്ടേണ്ട ഒരാളുണ്ട് ആ കൊമ്പിൽ പിടിക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ആ ദാവി വേരിൽ പിടിക്കാൻ കിട്ടിയാൽ രക്ഷപ്പെട്ടു ദൈവത്തിന് സ്തോത്രം എന്റെ കർത്താവിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ഇനിയും കാര്യങ്ങൾ പറയാനൊക്കെ മനസ്സിലാക്കി വരണ്ടെ പക്ഷെ വിഷയം എന്റെ മുമ്പിലിരിക്കുന്നു ഇന്ന് കുറച്ച് വിഷയത്തിൽ കൂടി കുറെ അധികം പറയാവൻ ആഗ്രഹമുണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ ആത്മാവൊക്കെ നടത്തട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കെ കർത്താവേ നിന്നെ തൊട്ടടുത്തറിയാൻ കിട്ടുന്ന അവസരം അത് എനിക്ക് അനുഭവമാക്കി തരണമേ അടുത്തറിയാൻ കിട്ടുന്ന അവസരം എനിക്ക് നിന്നെ ഏറ്റവും അടുത്ത് വതിന് നിനക്ക് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു അടുത്ത് കിട്ടിയിരിക്കുകയാണ് അങ്ങ് ദൂരെ ദൂരെ പോകണ്ട സ്വർഗ്ഗത്തിൽ കയ്യിൽ ചെല്ലണ്ട എങ്ങും പോകണ്ട തൊട്ടടുത്ത് ക്രിസ്തു ഇറങ്ങി വന്നിരിക്കുകയാണ് ക്രിസ്തു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചിലതെല്ലാം നടക്കും കാനാവിലെ കല്യാണ ക്രിസ്തു ചെന്നു അവിടെ പച്ചവെള്ളം മുന്തിരിച്ചാറായി മാറി സ്തോത്രം കഫർന്ന ചെറുഭവനത്തിൽ യേശു അവിടെ പനി പിടിച്ചു കിടന്ന ആ പാവം സ്ത്രീയുണ്ടല്ലോ പത്രദോസിന്റെ അമ്മയോ അമ്മാവുമ്മ ജ്വരം മാറി എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു യേശു അങ് നയ്യീൻ പട്ടണത്തിലൂടെ നടന്നു അപ്പോഴുണ്ട് വിധവയുടെ മകനെ ശവടക്കം കൊണ്ടുപോകുന്നു മഞ്ചത്ത് തൊട്ടു ആ മരിച്ചവൻ ഉയർത്തവുന്ന തെറ്റു ഏതേശു കവർന്ന ഭൂമിൽ കൂടി നടന്നുവരികയായിരുന്നു കുഷരോഗി എതിർപെട്ടു യേശു നിനക്ക് മനസ്സുണ്ടെങ്കിലും ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു ആ എനിക്ക് മനസ്സുണ്ട് നിശുദ്ധമാകുക ആരും തൊടാത്തവനെ യേശു തൊട്ടു അതോടെ അവന്റെ കുഷുരോഗം മാറി കണ്ണുകുരുടൻ അവിടെ ഇരിക്കുകയായിരുന്നു യേശു അവനെ തൊട്ടു കുറച്ച് മാറ്റിക്കൊണ്ടുപോയി അവന്റെ കണ്ണിലേക്ക് തുപ്പി കണ്ണിലേക്ക് തുപ്പി എന്നിട്ട് പറഞ്ഞു നീവെല്ലാം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു അവന് കണ്ണുകാഴ്ച കിട്ടി ഞാൻ വിശദീകരിക്കാനല്ല പറഞ്ഞത് അതിന് പോകുമ്പോൾ മകൾക്ക് അവസ്മാരം പിടിച്ച് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ബോധക്കേട് നിലത്ത് വീണ് ഉരുളും എന്തെല്ലാമോ ചില ഗോഷ്ടികളെല്ലാം കാണിക്കും പിന്നെ ബോധം കെട്ടോടെ കിടക്കും പിന്നെ അലർച്ചയോടെ ചാടി എഴുന്നേൽക്കും ഇത്തിരി കഴിയുമ്പോൾ സുഖമാണ് ഒരു കുഴപ്പമില്ല പിന്നെ എപ്പോഴാതാ ആഴ വീഴുന്നറിഞ്ഞുകൂടാ വെള്ളത്തിലോത്ത് ഈ ലോക്കെ ചിലപ്പോ പിശാചു തള്ളി വീഴ്ക്കും ആ കൊച്ചിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അമ്മ വന്നു പാവം പുറജാതിക്കാരിയാണ് പക്ഷേ അമ്മ വന്നു യേശുവിനടുക്കലാണ് വന്നത് വരേണ്ടവന്റെ അടുക്കൽ വന്നു ഭാഗ്യം ആ കുഞ്ഞിന്റെ രോഗം മാറി കുഞ്ഞിനെയുകൊണ്ടല്ല വന്നത് യേശു നിന്റെ വിശ്വാസം വലിയത് നിന്റെ പ്രാർത്ഥന പോലെ എനിക്ക് ഭവിക്കട്ടെ നിന്റെ ആഗ്രഹം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞേയുള്ളൂ ആ നിമിഷത്തിൽ കുട്ടികൾ അസുഖം മാറി ആ യേശുവാണ് നിങ്ങളുടെ ഇടയിലൂടെ ഇപ്പോൾ നടക്കുന്നത് ആ യേശുവാണ് ഈ നിസ്സാരനായ എന്റെ ചേർന്ന് നിൽക്കുന്നത് ഈ പാവപ്പെട്ട മനുഷ്യനെ കരടയുള്ള കർത്താവ് അനുഗ്രഹിച്ച് നിർത്തിയിരിക്കുന്നത് നിങ്ങളോട് പറയട്ടെ നാം വന്നെത്തിയിരിക്കുന്നത് അത് നാം സ്വർഗീയ സദസ്സിലാണ് സ്വർഗം തുറന്നിരിക്കുകയാണ് നിങ്ങളുടെ ഭാരങ്ങൾ എന്താണോ എല്ലാം യേശുവിനോട് പറയാം നിങ്ങളുടെ വിഷമസന്ധികൾ എന്തെല്ലാമാണോ എല്ലാം തുറക്കാം വേറെ ആരോടും പറയണ്ട ഉള്ളറിയുന്നവനോടെല്ലാം പറഞ്ഞിട്ട് കർത്താവേ എനിക്കിനീ ഇതിനൊരു പരിഹാരം തരികയില്ലേ പ്രിയപ്പെട്ടവരെ ഞാനത് പറയാതെനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയേറെ ടെൻഷൻ കാണാം എത്രയേറെ കോളക്കങ്ങൾ കാണാം എത്രയേറെ അലങ്കോലങ്ങൾ കാണാം ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും അറിയാത്ത എന്തെന്തെല്ലാം മാനസിക പിരിമുറുക്കങ്ങൾ കാണും ദൈവത്തിന് സ്തോത്രം പക്ഷേ ഞാൻ നിങ്ങോട്ട് പറയട്ടെ ഇപ്പോൾ നിങ്ങൾ ഉള്ളു തുറന്നു പറഞ്ഞാൽ എന്റെ കരുണയുള്ള കർത്താവ് നിങ്ങൾക്ക് പരിഹാരം തരും നിങ്ങളുടെ മനസ്സിന് ആശ്വാസം തരും അത് ഇവിടെ വചനം പറയുന്ന ആരും തരുന്നതല്ലത് ലോകത്തൊരു മനുഷ്യനും തരുന്നതല്ലത് പ്രിയപ്പെട്ടവരെ ഒരു കൂട്ടായ്മ എനിക്ക് തരാൻ കഴിയില്ല ഭൂമിയിലൊരു മനുഷ്യനും തരാൻ കഴിയില്ല താൽക്കാലികമായി വല്ല സമാധാനമൊക്കെ ആളുകൾക്ക് തരാൻ പറ്റും പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിന് നിതാന്ത ശാന്തി തരാൻ കർത്താവായ യേശ്വരും മാത്രമേ കഴിയൂ യേശു നിങ്ങളുടെ വരും ഞാൻ ഭംഗിവാക്ക് പറയുകയല്ല നിങ്ങൾ സഭ മാറണ്ട നിങ്ങൾ പള്ളിയും മാറണ്ട നിങ്ങൾ നിൽക്കുന്നിടത്ത് അവിടെ പീഡയുണ്ടോ സഹിച്ചു നിന്നുകൊള്ളൂ വഹിച്ചു നിന്നുകൊള്ളൂ ദൈവത്തിന് സ്തോത്രം അവിടെ നിൽക്കുന്നയിടത്ത് നിങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളെക്കൊണ്ട് കരുണയുള്ള കർത്താവ് ഈ ലോകത്തെ കീഴിമേൽമറിക്കും ദൈവത്തിന് സ്തോത്രം അനേക കുടുംബങ്ങളിൽ സമാധാനം കർത്താവ് പകർന്നു തരും നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ ബാല്യത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ യൗവനത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കാം ഏത് പ്രായത്തിലും നിങ്ങൾ ഫലം കായ്ക്കും നിങ്ങൾ പുഷ്ടിവെച്ചും പച്ചപിടിച്ചു ഇരിക്കും വൃദ്ധതയിൽ മാത്രമല്ല തളിയിട്ട് തഴയ്ക്കുക യൌവനത്തിലും ബാല്യത്തിൽ പോലും തളിരിട്ട് തഴയ്ക്കാം വൃദ്ധതയിലും അവർ തളിയിട്ട് തഴച്ചിടും വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും അത് വർദ്ധതയിൽ അല്ല ഏത് പ്രായത്തിലും തുഷ്ടിയും പുഷ്ടിയും വർദ്ധിക്കും തളിരിടും തഴയ്ക്കും ഫലം കായ്ക്കും ഫല സമൃദ്ധിയും ഉണ്ടാകും എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്ന് സന്ധി എങ്കിൽ കരച്ചിലൊന്ന് രാവർക്കും നാളെ ഉഷസിലോ ആനന്ദഘോഷം വരുന്നുണ്ട് സ്തോത്രം നിങ്ങളെന്തു പറയുന്നു പ്രിയപ്പെട്ടവരെ സന്ധിയെങ്കിൽ കരച്ചിലൊന്ന് രാവർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു നിങ്ങൾ വിശ്വസിക്കൂ ഈ ലോകത്തെ തന്നെ യേശുക്കിസ് സമാധാനവും ശാന്തിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം മരിച്ചതിന് ശേഷമുള്ള സ്വർഗ്ഗം മാത്രമല്ല ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കഷ്ടതയുടെ മധ്യത്തിലുള്ളതായ ശാന്തി ദുരിതത്തിന്റെ മധ്യത്തിലുള്ളതായ ശാന്തി ടെൻഷന്റെയും വറിയൻ കെയർ ആന്റ് കൺഫ്യൂഷൻ ആന്റ് സ്ട്രെസ് ആന്റ് സ്ട്രെയിൻ അതിന്റെ എല്ലാ മധ്യത്തിലുള്ളതായ ശാന്തി എല്ലാം നിങ്ങൾക്ക് ഇവിടെ വെച്ച് അനുഭവിക്കാം വലിയൊരു സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയം കുളിർക്കാം നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കാം നിങ്ങൾക്ക് ആനന്ദത്തോടെ ഉല്ലസിക്കാം നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിന് സ്തോത്രണം യോസ് അതാണല്ലോ നമ്മുടെ ചിന്താവിഷയം യോഹന്നനസ്നാവകൻ നിങ്ങൾ ചിന്തിച്ചോ ഞാൻ പക്ഷേ ചിന്തിച്ചു യോഹനസ്നാവകൻ അങ് അമ്മയുടെ ഗർഭത്തിൽ പിറവിയെടുക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവോട് നിറഞ്ഞു എന്തൊരു വലിയ പദവിയാണ് കരുണയുള്ള കർത്താവ് തന്നെ പറഞ്ഞു സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹനാനേക്കാൾ വലിയവരാരും ഇല്ല സ്നാവയോഹനാനേക്കാൾ വലിയവരും ഇല്ല കർത്താവ് എത്ര പ്രശംസിച്ച പറഞ്ഞത് എന്തൊരു പദവി സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യൌഹന്നാവിനേക്കാൾ വലിയവനാരുമില്ല എന്ന് സ്വർഗത്തെ ദൈവം അരിലെ ചെയ്യത്തക്കവണ്ണം ഉന്നതനാണ് എന്നിട്ടോ എന്നിട്ടോ ഇതെന്തുണ്ടായി നിങ്ങൾ ചിന്തിച്ചോ മരിക്കാൻ നേരത്ത് ആരുമില്ല കൂടെ പടയാളികൾ വന്നു ജയിലിനകത്തേക്ക് ചങ്ങലഴിച്ചു യോഹന്നാവിനും മനസ്സിലായില്ല എന്തിനാ ചങ്ങലഴിക്കുന്നതാവോ ചങ്ങരി അഴിച്ചു ഒരു പലക താഴെ വെച്ചു കിടക്കാൻ പറഞ്ഞു പലകയിൽ കഴുത്ത് ചേർത്ത് വെക്കാൻ പറഞ്ഞു ഒരൊറ്റ വെട്ട് കഴുത്ത് പലകയെ ചേർത്ത് വെച്ചു ഒരൊറ്റ വെട്ട് ഒന്ന സാമാനം അറിയാമായിരുന്നു ഒഴിവാക്കാമായിരുന്നു എങ്ങനെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് മതി ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് രാജാവിനെതിരായിട്ടും മിണ്ട കാര്യം രാജാവ് ചെയ്യുന്ന തെറ്റാണ് അതിപ്പോ ഞാനും വെറുതെ ആരെയും ആക്കണ്ട ഓഹ് വേണ്ട തൽക്കാലം ഞാൻ അതൊന്ന് ഇടപെടേണ്ട രാജാവ് തെറ്റെയ്ത് രാജാവിനെ കൊള്ളാം അതിന്റെ തെറ്റിന്റെ വല്ല രാജാവ് അനുഭവിക്കും അന്ന് ഹീറോ ദന്തിപ്പാസ് ഹീറോ ദാവ് എന്ന് പറയുന്ന രാജാവാണ് ഭരിക്കുന്നത് റോമൻ പ്രോവിൻസാണെന്ന് പലസ്റ്റൈൻ ഗലീര എല്ലാം ആ റോമൻ പ്രോവിൻസായ പലസ്റ്റൈനില് ഗലീരയില് ഭരിക്കുന്നത് രാജാവ് അത് ഹേറോ ദന്തിപ്പാസാണ് ഈ ഹെയറോ ദന്ദിപ്പാസ് ആള് ഒരു ദുർബലനാണ് പക്ഷേ വലിയ കൊള്ളരുതാത്ത വികാരങ്ങളുള്ളവനാണ് സ്വന്തം സഹോദരനായ ത്രഘോനിത്തി ഇതൂരിയ ത്രഘോനിത്തി ദേശത്തിലെ പ്രോവിൻസിലെ ഭരണാധികാരിയായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹേരോദ്ദിയെ അവൻ സ്വന്തം ഭാര്യയാക്കി വെച്ചു ഫിലിപ്പോസും കഴിവില്ലാത്തനായതുകൊണ്ട് സ്വന്തം സഹോദരങ്ങൾ ചെയ്തപ്പോൾ അതിന് ചെറുക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് അടങ്ങിപ്പാർക്കുക എനിക്ക് നല്ലത് വിചാരിച്ച് ഫിലിപ്പോസി ഹെരോദ്ഗ്യ ഹെരോദാവിന്റെ വെപ്പാട്ടിയായി മാറി പക്ഷേ ഫിലിപ്പോസിന്റെ മോള് ശലോമി അവിടെയുണ്ട് അവൾ അമ്മയുടെ ഈ കൊള്ളരിതായ്മയ്ക്ക് കൂട്ടുനിന്നു സ്വന്തം ഭർത്താവിന്റെ മകള് കൂടെയുണ്ട് പക്ഷേ അവൾ അമ്മയുടെ കൊള്ളരിതായ്മയ്ക്ക് കൂട്ടുനിന്നു ആ കൊള്ളരിതായ്മയെക്കുറിച്ച് രാജാവിനും ഹെരോദ്ദിക്കും ബോധം വരുത്തുമാറി യോഹന്നാബൻ കൊട്ടാരത്തിൽ ചെന്ന് കൊടുങ്കാച്ചുപോലെ കടന്നി എന്നൊരു വാക്ക് പറഞ്ഞു ചുഴലിക്കാച്ചുപോലെ പെട്ടെന്ന് കടന്നി എന്ന് പറഞ്ഞു ഒരു വാക്ക് എന്താ പറഞ്ഞത് സഹോദരന്റെ ഭാര്യയെ നീ വെച്ചുകൊള്ളുന്നത് നിനക്ക് വിഹിതമല്ല ഓ രാജാവിനോട് ഇങ്ങനെയൊക്കെ പറയോ അധികാരമുള്ളയാളോട് ഇങ്ങനെയൊക്കെ പറയാമോ ഇത് ശരിയല്ല എന്ന് നിന്റെ സഹോദരന്റെ ഭാര്യയെ നീ വെച്ചുകൊള്ളുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് പറഞ്ഞു രാജാവിന് ഇഷ്ടപ്പെട്ടില്ല രാജാവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ യോഹന്നാനെ ഉപദ്രവിച്ചാൽ സ്നാവകൻ യോഹന്ന സ്നാവകനെ ഉപദ്രവിച്ചാൽ ജനക്കൂട്ടർ ഇളകും കാരണം സദൂക്കരും പരീശ്വരും പലരും ആ കൂടെയുണ്ട് പലരും മനസ്സാന്തരപ്പെട്ട് സ്നാനമെപ്പായി യോർദാനാറ്റിൽ യോഹന്ന സ്നാമിന്റെ അടുക്കൽ ചെല്ലുന്നുമുണ്ട് ജനത്തിന്റെ ഇടയിൽ കലക്കമുണ്ടാക്കുമെന്ന് മനസ്സിലായി അതുകൊണ്ട് തൽക്കാലം മിണ്ടാതാക്കാൻ കാലാഗ്രഹത്തിലുണ്ടാകും വിചാരിച്ചു കാലാഗ്രഹത്തിൽപ്പെട്ടാൽ പിന്നെ പൊതുയാനൊന്നും കേൾക്കില്ലല്ലോ പ്രിയപ്പെട്ടവര് കാലാഗ്രഹത്തിൽ അങ്ങനെ കിടക്കുമ്പോൾ അപ്പോഴാണ് ഒരു ദിവസം ഈ പടയാളികൾ കടന്നു അതും ഈ ഭീരുവായ ഹേരോതാവിന്റെ ഒരു മണ്ടത്തരം കൊണ്ട് പറ്റിയതാണ് അപ്പൻ അപ്പന് വന്ന കുഴപ്പം മകനും വന്നു മകൻ ഹേരതാവിനും വന്നു അപ്പൻ ഹേരോദ ദ അദ്ദേഹം അനേകം പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നവനാണ് ശിശുവധം നടത്തിയവനാണ് യേശുക്കുഞ്ഞിനെ എങ്ങനെയും വകവരുത്തണമെന്ന് വിചാരിച്ച് യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെയെന്നുള്ള വാക്കുകേട്ട് ശിശുക്കളെല്ലാം കൊല്ലിച്ചവനാണ് ആ ഹേരോതാവ് ആ പാരമ്പര്യമുണ്ട് ആ അപ്പന്റെ മോൻ ഈ ഹേരോതാവിന് പ്രിയപ്പെട്ടവരേ ഈ ഹേരോതാവ് യോഹനൻ സ്നാവനെ കൊല്ലാൻ ഓർഡർ കൊടുക്കേണ്ടി വന്നു മനസ്സോടെയല്ല കാരണം ഹേരോതാവിനറി യോഹനൻ നീതിയും വിശുദ്ധിയും പുരുഷനാണ് എന്ന് നീതിയും വിശുദ്ധിയുള്ള പുരുഷനാണെന്ന് അറിഞ്ഞു പക്ഷേ വചനം കേഴിക്കുമ്പോൾ കലങ്ങും ഉള്ളിൽ വെപ്രാളം സ്നാവൻ പറയുന്ന കേൾക്കുമ്പോൾ ഉള്ളിൽ കുത്ത് ഈ ഉള്ളിൽ കുത്തുകൊണ്ട് ആള് വലയുമ്പോൾ ഹെരോതിക്ക് മനസ്സിലായി ചിലപ്പോഴ് യോഹനാനൻ സ്നാവു ഇനിയും വല്ലതും പ്രസംഗിച്ചു കേട്ടാൽ ഇദ്ദേഹം പക്ഷെ എന്നെ ഉപേക്ഷിച്ചേക്കും ഞാൻ വീണ്ടും ഫിലിപ്പോസിന്റെ അങ്ങോട്ട് പോകേണ്ടി വരും സ്വന്തം പഴയ ഭർത്താവിന്റെ ഇടുക്കിലേക്ക് പോകേണ്ടി വരും എന്ന് പെണ്ണിന് മനസ്സിലായി എന്ന ഇവൻ ജീവിച്ചേക്കുന്ന നല്ലതല്ല എന്ന് ഹെരോദിയെ തീരുമാനിച്ചു നോക്കണേ കാര്യങ്ങളെല്ലാം തിരിഞ്ഞു വന്നത് ഹെരോത രാജാവ് അന്ന് വലിയൊരാഘോഷവും മറ്റുമായി ഒരു എന്താ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചതാണ് അത് വേറൊരു സംഭവമാണേ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചതാണ് അപ്പൊ അന്ന് ഈ പെൺകുട്ടിയുണ്ടല്ലോ ശലോമി ഹേരോതാവിന്റെ ഇപ്പോഴത്തെ വെപ്പാട്ടിയുടെ മകളായ ശലോമി നല്ലപോലും നൃത്തം ചെയ്തു സുന്ദരിയായ പെൺകുട്ടിയുടെ നൃത്തം അത് കണ്ടപ്പോൾ ഹേരോതാവ് അങ്ങ് വശീകൃതനായിപ്പോയി ഹേരോതാവ് പറഞ്ഞു നിനക്ക് എന്തു വേണമെന്ന് ചോദിച്ചോ രാജ്യത്തിൽ പാതിയോളമായാലും തരാം രാജ്യത്തിൽ പാതിയോളം കൊടുക്കാൻ ഒരു കഷണം കൊടുക്കാൻ ഹരിതാവിന് സാധിക്കില്ല കാരണം റോമൻ പ്രോവിൻസ് അല്ലേ റോമൻ സീസർ എന്ന് നിൽക്കണ്ടേ പക്ഷേ വിട്ടിത്തം പറഞ്ഞു രാജ്യത്തിൽ പകുതിയോളമായാലും നിനക്ക് തരാമെന്ന് പറഞ്ഞു കേൾക്കണേ പ്രിയപ്പെട്ടവരെ കഥ നിങ്ങൾക്കറിയാമല്ലോ ഞാനത് വേറെ രീതിയിൽ നിങ്ങൾ മുന്നിൽ പറയുന്നു മാത്രം രാജ്യത്തിൽ പകുതിയോളമായാലും തരാമെന്ന് പറഞ്ഞു പെൺകുട്ടി ഓടിയമ്മയെടുക്കിലേക്ക് അമ്മേ അതിൽ എന്തു വേണമെങ്കിൽ തരാന്നാ പറഞ്ഞിരിക്കുന്നെ എന്താ ചോദിക്കണ്ടേ അമ്മ ഈ തക്കത്തിലെടുത്തു ഈ മനുഷ്യ യോഹന്യാസ്നാവകൻ ജീവിച്ചിരുന്നാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ രണ്ടുപേരും കൊട്ടാരം ഇട്ടു പോകേണ്ടി വരും ഇപ്പോൾ അധികാരവും പത്രാസവും ഒക്കെ പോകും അതുകൊണ്ട് അവന് ഞാൻ കൊല്ലുക വേണ്ടത് നീ ഇങ്ങനെ പറഞ്ഞാൽ മതി ആ യോഹന്നാസ തല ഒരു താലത്തിൽ തന്നാ മതി വേറൊന്നും വേണ്ട അവിടെ ചെന്ന് പറഞ്ഞു രാജാവ് ആണെയിട്ട് പറഞ്ഞതല്ലേ കൊടുക്കാതിരിക്കാൻ വേണ്ടി പറ്റുമോ രാജാവ് മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കേണ്ടി വന്നു അങ്ങനെയാണ് പടയാളികൾ ചെന്ന് കാരാഗ്രഹത്തിൽ ചെന്ന് പലകയിൽ കഴുത്ത് വെപ്പിച്ച് ഒറ്റ വെട്ടിൽ കഴുത്ത് മുറിച്ചു മാറ്റിയത് തല കൊണ്ടുപോയി ഉടലോടെ കിടന്നു അനാഥമായിട്ട് ആ ജയിലിന്റെ പുറത്തേക്ക് ഇട്ടെന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ യോഹന്നെ ശിഷ്യന്മാർ ചെന്ന് ഉടല് കുഴിച്ചിട്ടത് വേണെങ്കിൽ ആ ശിഷ്യന്മാർക്കും ചിന്തിക്കാം അല്ല നമ്മിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളും ചിന്തിച്ചനെ ഗർഭത്തിലെ ആത്മനിർഭം പ്രാപിച്ചയാൾക്ക് ഇങ്ങനെയാ ഒരു മരണം അതെന്താ ദൈവവേദന ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ യോഹന്നാസനാമനേക്കാൾ വലിയവൻ ആരുമില്ലായെന്ന് യേശുദന്ദരം പറഞ്ഞ യോഹന്നാസ്നാമന്റെ മരണം ഇങ്ങനെയായിപ്പോയല്ലോ ഒന്ന് കുഴിച്ചിടാൻ പോലും ആരും ഇല്ലാതെന്നല്ലോ ആ തലയോടുകൂടി കുഴിച്ചിടാൻ പറ്റിയില്ലല്ലോ തല തളികയിൽ കൊണ്ടുപോയി കൊടുത്തു പ്രിയപ്പെട്ടവരെ ഭേരോദ്യ മദരനൃത്തമാടി കാഗോളകേളി എന്നൊക്കെ ഞാൻ പറയും ദൈവത്തിന്റെ സ്തോത്രം സഹോദരങ്ങളെ ആ യോഹന്നാൻ സ്നാവകന്റെ തലയില്ലാത്ത ഉടല് ശിഷ്യന്മാർ കൊണ്ടുപോയി കുഴിച്ചിട്ടു അവരുടെ ഉള്ളിൽ തേങ്ങലുകൾ ഉയർന്നു കാണും സ്നാവകൻ ജയിലിലായപ്പോൾ യേശുൻ തിരിഞ്ഞു നോക്കിയില്ല പിന്നാലെ പറയാം യേശുവിനൊന്നു വരാമായിരുന്നില്ലേ ചിന്തിക്കാം എന്നാലും ഇത്രയും കാര്യമായിട്ട് യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊടുത്ത ഇതാ ലോകത്തിന്റെ പാവത്തെ ചുവന്നു ഒഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുത്ത യേശുവിന്റെ പരിശുശ്രൂഷയ്ക്ക് ഉദയം കുറിച്ച ദനഹ ഉദയം കുറിച്ച് ആ യോഹനസ്നാവകന്റെ കാര്യത്തിൽ യേശു കൈയ്യെടുത്തില്ലോ യേശു ശിശിമാരോ ഒന്ന് ചെന്നു ഒരാശ്വാസമാക്കി പറഞ്ഞിരുന്നെങ്കിൽ ജയിലില് അതും ഉണ്ടായില്ലോ ഏതെല്ലാം തരത്തിൽ ആളുകൾക്ക് ചിന്ത വരാം എങ്ങനെയെല്ലാം ചിന്തിക്കാം യേശു പക്ഷെ ഒന്നും ചെയ്തില്ല എന്താണിന്റെയൊക്കെ അർത്ഥം എനിക്കറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ യോഹനസ്നാവകൻ ആ ജയിലിൽ നിന്ന് പുറത്തു മരിച്ചു വളരെ അന്ത്യം ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് മതിയായിരുന്നു രാജാവിനെ മിണ്ടാതെ ആ സ്നാനം കഴിപ്പിച്ചടക്ക് നടന്നാ മാനസാന്തര സ്നാനം പ്രസംഗിച്ച് നടന്നാ മതിയായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ കരുത്തുറ്റ ആത്മാവിന്റെ ശബ്ദം മുഖം നോക്കാതെ പറയാൻ സ്നാവകയോഹന്നൻ തയ്യാറായതുകൊണ്ട് കഴുത്തിൽ തലയിരുന്നില്ല ദൈവത്തിന് സ്തോത്രം കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കാൻ നിങ്ങൾ പുറപ്പെടുന്നെങ്കിൽ മുഖം നോക്കാതെ ജീവനുള്ള ക്രിസ്തുവിന്റെ ഭജനം പറഞ്ഞുകൊള്ളേണ്ടത് ആവശ്യമാണ് ആരുടെയും മുഖം നോക്കണ്ട ആരെയും പ്രസാദിപ്പിക്കണ്ട പ്രശ്നമായി പോലീസ് പറഞ്ഞു ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കേ ഇല്ല സ്ത്രോത്രം മനുഷ്യരെ പ്രസാദിപ്പിക്കാതെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഈ സ്റ്റേജിലിരിക്കുന്ന ഒരാളോട് ഞാൻ പറഞ്ഞു ഈ ധൈര്യം എനിക്കില്ലാത്തതാണ് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതെന്ന് ധൈര്യം അത് നല്ലതാണ് പറയേണ്ടത് പറയേണ്ടപ്പോൾ പറയേണ്ടതുപോലെ പറയാൻ സാധിക്കുക അതൊരു നല്ല ലക്ഷണമാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വരി നാമം മഹത്വപ്പെടട്ടെ സഹോദരങ്ങളെ ദൈവത്തിന് സ്തോത്രം ഇന്നലെ പ്രിയപ്പെട്ട ജോർജുട്ടിയുടെ പ്രസംഗത്തിൽ സെമിനാരിയിലെ പ്രൊഫസറോട് സംസാരിച്ച കാര്യം പറഞ്ഞു ഞാന് മനസ്സാ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു കർത്താവേ ഈ ധൈര്യം നിന്റെ നീ കൊടുക്കുന്നല്ലോ എന്ന് സ്ത്രോത്രം നല്ലത് ദൈവത്തിന്റെ വലിയ നാമം മുഹൂർത്തപ്പെടട്ടെ നിങ്ങളോട് ഈ പകൽക്കാലം കാര്യം പറയാനുണ്ട് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് യേശുവിന്റെ രണ്ടാമത്തെ വരനു വേണ്ടി നിങ്ങൾക്കൊരുങ്ങണം ഒരു കൂട്ടം ഞാനത്തി ഒരുക്കണമെന്നുവല്ല പരിപാടിയും പ്രിയപ്പെട്ടവരെ സംശയിക്കേണ്ട നിങ്ങൾ മുഖം നോക്കാതെ നിർഭയരായി തെല്ലും ഭീതിയില്ലാതെ മനശാഞ്ചല്യമില്ലാതെ ജീവന്റെ വചനം മനുഷ്യരോട് നിങ്ങൾ പറഞ്ഞുകൊള്ളുക ഒരയവും വേണ്ട ഒരു സംശയവും വേണ്ട ഒരു വിട്ടുവീഴ്ചയും വേണ്ട അയവില്ലാതെ വചനം പറഞ്ഞുകൊള്ളുക ദൈവത്തിന്റെ സ്തോത്രം ഗവർണൻസ് നാവുന് വന്നതായ പര്യവസാനം നമുക്ക് ഇന്ന് പകൽക്കാലം അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് വേറെ ചില കാര്യങ്ങൾ ചിന്തിക്കാം ദൈവത്തിന് സ്തോത്രം ഈ യോഹന്നാൻ നാവകന്റെ യോഹന്നാനെന്നുള്ള പേരിന്റെ വാക്കിന്റെ അർത്ഥം ദൈവം ക്രപാലു എന്നാണ് അർത്ഥമറിയണമെങ്കിൽ നിങ്ങൾക്കറിയണമെങ്കിൽ കുറിച്ചുള്ളൂ ദൈവം ആൻഡ് ദ ഗ്രേസ്ഫുൾ അത് പഠിക്കാൻ വേണ്ടി പറയുകയാണ് ൂബേൻ എന്ന വാക്കിന് ഒരു മകൻ എന്നർത്ഥം യഹൂദ എന്ന വാക്കിന് സ്തുതി എന്നർത്ഥം ആ പേര് ഇന്ന് ഏതെങ്കിലും അക്ഷരങ്ങളൊക്കെ ചേർത്ത് ചില പേരുകൾ ഉണ്ടാക്കല്ലേ ചില അക്ഷരങ്ങൾ അല്ലേ ഇന്ന് പിള്ളേർക്ക് പേരിടുമ്പ് കേൾക്കാൻ ചന്തമുള്ള കുറെ പേരും കിടല്ലേ എന്റെ അഭിപ്രായം എന്തെങ്കിലും കുറച്ച് പേരുകളുടെ അല്ല എന്തെങ്കിലും അർത്ഥമുള്ള പേര് എന്തെങ്കിലും അർത്ഥമുള്ള പേര് ഇനി ഇടുന്ന പേരുകൾക്ക് വല്ല അർത്ഥം ഉണ്ടോന്നു എനിക്ക് അറിയാനും പെടില്ല കേട്ടോ പക്ഷെ ഞാൻ പറയും ഒന്നുകിൽ പൂറിയന്മാരുടെ പേര് അല്ലെങ്കിൽ വൈബിലുള്ള പേര് അല്ല അർത്ഥമുള്ള പേര് അല്ലാതെ ചില അക്ഷരങ്ങൾ അതുകൊണ്ട് കേൾക്കാനൊരു രസമുണ്ടായിരിക്കും ഓക്കെ പക്ഷേ അർത്ഥം വേണം വാക്കിന് പേരിന് യഹൂദാസ്തുതി ലേവി എന്ന വാക്കിനെ യോജിപ്പുക എന്നർത്ഥം ദാൻ എന്ന വാക്കിന് ന്യായവിധി എന്നർത്ഥം നഫ്താലി എന്ന പേരിനെ മീൻപിടുത്തം എന്നർത്ഥം സിമയോ എന്ന പേരിന് കേൾക്കുന്നു എന്നർത്ഥം ഓടിച്ചു പറഞ്ഞുപോയാൽ നിങ്ങൾക്ക് കുറിക്കണമെന്നുള്ളവർക്ക് കുറിക്കാൻ പറ്റില്ല ആശയർ എന്ന വാക്കിന് അനുഗ്രഹമെന്നർത്ഥം ഇസ്സാഖാർ എന്ന വാക്കിന് അവകാശം എന്നർത്ഥം സെബൂലൂൻ എന്ന വാക്കിന് വാസം താമസം എന്നർത്ഥം വാസം ഖാദ് എന്ന വാക്കിന് സൈന്യം എന്നർത്ഥം യൌസേപ്പ് എന്ന വാക്കിന് വർദ്ധിക്കും എന്നർത്ഥം മീൻ എന്ന വാക്കിന് ഭുജവലം എന്നർത്ഥം പന്ത്രണ്ട് ഗോത്രങ്ങളുടെയും പേരായി എന്ന വാക്കിന് എലീസ എന്ന വാക്കിന് രക്ഷയാകുന്നു എന്നാണ് ദൈവം രക്ഷയാകുന്നു ദാവീദ് എന്ന വാക്കിന് പ്രിയനായവൻ എന്നർത്ഥം യസറ എന്ന വാക്കിന് എന്റെ സഹായം എന്നർത്ഥം നഹമ്യാവ് എന്ന വാക്കിന് ദൈവം ആശ്വസിപ്പിക്കും എന്നർത്ഥം ഏലി എന്ന വാക്കിന് ഉന്നതനെന്നർത്ഥം എന്ന വാക്കിന് നക്ഷത്രമെന്നർത്ഥം ഈയോവ എന്ന വാക്കിന് കഷ്ടമനുഭവിക്കുന്നവൻ എന്നർത്ഥം ശലമോൻ എന്ന വാക്കിന് സമാധാനമെന്നർത്ഥം സമൂവേരെന്ന വാക്കിന് ദൈവം കേൾക്കുന്നു എന്നർത്ഥം എസ്ഇയാവോ എന്ന വാക്കിന് ദൈവം എന്റെ രക്ഷ ദൈവത്തിന്റെ രക്ഷ എന്നർത്ഥം ഇരമ്യാവ എന്ന വാക്കിന് യഹോ ഉന്നതം യോഹനസ്നാവന്റെ ജനനത്തെക്കുറിച്ച് യോഹനസ്നാവൻ ജനിക്കുന്നതിന് എഴുന്നൂറ്റി ചിലവാനം വർഷം മുൻപ് എസ്ഇവ് പറഞ്ഞു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ കർത്താവിന് വഴിയൊരുക്കുകീൻ അവന്റെ പാത നിരപ്പാക്കുക അത് കാണാതറിയാവുന്ന വാക്കുമായിരിക്കും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാവിത് കർത്താവിന് വഴിയൊരുക്കുകയും അഥവാ എസ്ഇ മുൻകൂട്ടി കണ്ടു യവനസ്നാവകന്റെ ജനത്തെക്കുറിച്ചും യൌനസ്നാവന്റെ ശ്രൂഷയെക്കുറിച്ചും വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകമായ മലാഹി പ്രവചനത്തിന്റെ ഒടുവിലത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളിൽ മലാഹി പ്രവാചകൻ പറഞ്ഞുവെച്ചു ഏലിയാപ്രവാചകന്റെ ആത്മാവോടെ ഞാൻ ഇനിയും ഒരു പ്രവാചകനെ അയക്കുമെന്ന് ആ ഭാഗം ഒന്ന് വായിക്കുന്നത് കൊള്ളാം മലാഖി പ്രവചനം നാലാമധ്യായം അവസാനത്തെ വാക്യങ്ങൾ യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഏലിയ പ്രവാചകനെ അയക്കും യഹോവയുടെ വലുതും ഭയങ്കരമായുള്ള നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും ഞാൻ വന്ന് ഭൂമിയെ സംഹാരശപഥം കൊണ്ട് ഞാൻ വന്ന് ഭൂമിയെ സംഹാരശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും ദൈവത്തിന് സ്തോത്രം മക്കളുടെ ഹൃദയം അപ്പന്മാരോട് നിരപ്പിക്കും അപ്പന്മാരുടെ ഹൃദയം മക്കളോട് നിരപ്പിക്കും ഞല്ലെങ്കിൽ അത് നടന്നില്ലെങ്കിൽ ഞാൻ ഭൂമിയെ സംഹാരശപഥം കൊണ്ട് നശിപ്പിക്കും കാരണം യഹോവയുടെ വലുതും ഭയങ്കരമായുള്ള നാൾ വരുന്നു യഹോവയുടെ വലുതും ഭയങ്കരമായുള്ള നാൾ വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഏലിയാപ്രവാചനെ അയയ്ക്കും ഏലിയാപ്രവാചകന്റെ ആത്മാവോടെ ശക്തിയേറിയ ആത്മാവിന്റെ ദൂതുമായി ഞാൻ എന്റെ പ്രവാചകനെ അയയ്ക്കും അത് യോഹന്നാമനുസരിച്ച് പറയുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഏലിയാപ്രവാചനെ അയക്കും അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോട് നിരപ്പിക്കും മക്കളുടെ ഹൃദയം അപ്പന്മാർ നിരപ്പിക്കും ആ നിരപ്പിന്റെ സുരക്ഷ നടന്നില്ലെങ്കിൽ എവിടെയെങ്കിലും അകൽച്ചയോ വിടവോ ഇണക്കക്കുറവോ താളം തെറ്റിലോ ഉണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായ ഹോവിട സംഹാരശപദം വന്ന് നാശം വരും ദൈവമക്കളെ അപ്പൻ തെറ്റ് ചെയ്താലും മക്കൾ അപ്പനോട് വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കരുത് അപ്പൻ അപ്പനാണ് അമ്മ അമ്മയാണ് നിനക്ക് ഭൂമിയെ ദീർഘായുസ്പാനും നിനക്ക് ഭൂമിയിൽ നന്മ വരാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം എന്നത് വാഗ്ദത്വത്തോടുകൂടി ആദ്യകൽപ്പനയാകുന്നു എനിക്കറിയാൻ വേണ്ടിയിരിക്കുന്ന അനേകം പേര് മാതാപിതാക്കളോട് മാപ്പ് ചോദിച്ചവരുണ്ട് അമ്മായി അമ്മയോട് മാപ്പു ചോദിച്ചവരുണ്ട് മരുമക്കളോട് മാപ്പ് ചോദിച്ചവരുണ്ട് ദൈവത്തിന്റെ സ്ത്രോത്രം സഹോദരങ്ങൾ പരസ്പരം മാപ്പ് ചോദിച്ചവരുണ്ട് ഹൃദയപൂർവ്വം ക്ഷമിച്ചവരുണ്ട് സ്നേഹിതരെ ഒരണുപോലും ക്ഷമിക്കാതിരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരോട് ക്ഷമിച്ചില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് കർത്താവ് നമ്മെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്ഷമിക്കാം മനസ്സില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കടവും പാവവും ക്ഷമിക്കുകയില്ല നാം ആരെങ്കിലും നീതിവാന്മാരാണോ നാം ആരെങ്കിലും പൂർണ്ണരാണോ അല്ലല്ലോ ആരോടും ഹൃദയത്തിൽ ഈർഷ്യ പാടില്ല ആരോടും ഉന്മിതി പാടില്ല ആരോടും നീരസം പാടില്ല ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ കണ്ണുമടച്ച് ക്ഷമിക്കുക മനഃപൂർവ്വം ക്ഷമിക്കുക നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയെ ദീർഘായി സൊടിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാ വാഗ്ദത്തോടു കൂടി ആദ്യകൽപനയാകുന്നു ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട റോയി റോയിയുടെ ഫാദർ ഒരു ബഹുമാനപ്പെട്ട അച്ഛനാണ് യാക്കുവായു സഭയിലെ പട്ടക്കാരനാണ് പാലക്കാട്ടുമാരി ജയിക്കുമൻ അച്ഛന്റെ മുമ്പിൽ ചെന്ന് അപ്പന്റെ മുമ്പിൽ മോൻ ചെന്ന് കാലുപിടിച്ച് മാപ്പി ചോദിച്ചു ദൈവത്തിന് സ്തോത്രം അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയത് എത്രയോ പേരുടെ കാര്യം പറയാനുണ്ട് എത്രയോ പേര് എന്റെ മനസ്സിലേക്ക് അനേകർ ഇപ്പോൾ തിക്കി തിരക്കി വരുന്നുണ്ട് അവരങ്ങളൊക്കെ സാക്ഷ്യം അറിയിപ്പിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു അമ്മായി അമ്മയോട് മാപ്പ് ചോദിച്ചവരുടെ ഇരിപ്പുണ്ട് മരുമക്കളോട് എളുവിയോടെ മരുമകളുടെ കാലുപിടിച്ച് മാപ്പ് ചോദിച്ചവരിപ്പുണ്ട് ഏ ഞാനമ്മയല്ലേ ഞാൻ അമ്മയല്ലേ ഞാൻ അധികാരമുള്ള എന്റെ മരുമകളോട് ഞാൻ കാലുപിടിച്ച് മാപ്പി ചോദിക്കണം ഇല്ലില്ല വെറുതെ മാപ്പി ചോദിച്ചാലും പോയ പ്രിയരെ ഉള്ളം കൊണ്ട് ക്ഷമിക്കണം ഉള്ളംകൊണ്ട് മാപ്പ് ചോദിക്കത്തക്കണം കുറ്റബോധം വരണം വെറുതെ ഒരു ഭംഗി എളുപ്പമാണ് ദൈവത്തിന് സ്തോത്രം എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്ന അത് കാര്യം പറച്ചിലോണ്ട് തീരുകയാണെങ്കിൽ കൊള്ളാമായിരുന്നു തീരില്ല ഹൃദയത്തിൽ ആത്മാർത്ഥമായ കുറ്റബോധം വരണം ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞ ജോസ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ സ്വന്തം അപ്പനുമായിട്ട് എനിക്ക് തോന്നുന്നു പത്തോ പതിമൂന്നോ കൊല്ലം പതിനാലോ കൊല്ലമോറ്റോ ഇത്ര കൊല്ലമാണീ മറന്നുപോയി മിണ്ടാതിരുന്ന മോനാണ് അപ്പനെ കാണാതിരുന്ന മോനാണ് മോനെ പൈസയുണ്ട് മോൻ എഞ്ചിനീയറാണ് മോന്റെ ഭാര്യ എഞ്ചിനീയറാണ് എന്തു വേണം ചെറിയ നിസാരമായൊരു കറിവ് അപ്പനെ ഗൗനിച്ചില്ല പക്ഷേ കർത്താത്മാവത്ത് കടന്നപ്പോൾ അപ്പോൾ കുച്ചുപോധം കർത്താവ് കൊടുത്തപ്പോൾ ഭാഗ്യം അവിടെ ചെന്ന് അപ്പന്റെ കാലുപിടിച്ച് മാപ്പി വഹിക്കാൻ സാധിച്ചു നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയെ ദീർഘായുസം ഉണ്ടിരിക്കാനും നിന്റെ അപ്പനെയമ്മേയും ബഹുമാനിക്കാൻ എന്നത് വാഗ്ദത്തോടുകൂടി ആദ്യകൾപ്പിന് വാഗ്ദത്തം ഒന്ന് നിനക്ക് നന്മയുണ്ടാകും രണ്ട് ഭൂമി ദീർഘായുസുണ്ടാകും പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ മക്കളോട് ക്ഷമിക്കണം ഭാര്യ ഭർത്താവിനോട് ക്ഷമിക്കണം ഭർത്താവ് അരുതാത്ത വഴിക്ക് പോയി പുറത്തുപറയാൻ ലജ്ജിക്കുന്ന പോലെ തെറ്റുകളിലും വീണു പക്ഷേ ഭാര്യ ക്ഷമിച്ചു കൊടുക്കുക ഭർത്താവ് ക്ഷമിച്ചു കൊടുക്കുക പ്രിയപ്പെട്ടവരെ ഭാര്യക്ക് നീങ്ങി ഞാന വായിച്ചു ഈയിടെ ഭാര്യ ഒഴുതാത്തർത്താവ് അങ്ങ് ദൂരദൂരിന്നു ഭർത്താവ് ദൂരായിരുന്ന കാലത്ത് ആ സ്ത്രീ തനിഷ്ഠമായി വേറെ പുരുഷനുമായി ബന്ധപ്പെട്ടു അയാളുടെ ഒരു കൂട്ടാളിയായി മാറി ഭർത്താവ് നാട്ടിൽ വന്നപ്പോൾ ഭർത്താവിന് വലിയ സങ്കടം ഈ ഭാര്യ നഷ്ടപ്പെട്ടു സ്നേഹമുണ്ടായിരുന്ന ഭാര്യ ഒരൊന്നര കൊല്ലം രണ്ട് കൊല്ലം മാത്രം ദൂരായപ്പോഴേക്കും തീരാനുള്ളതാണ് സ്നേഹം അത്രയുള്ളൂ സ്നേഹം പ്രിയപ്പെട്ടവരെ എന്തുണ്ടായി ആ മനുഷ്യൻ വിഷമിച്ചു അദ്ദേഹം ഭാരപ്പെട്ടു അദ്ദേഹം ഒരു ദേവദാസനെ വിളിച്ചു ദേവസ്വം പറഞ്ഞു വരിക നമുക്ക് സംസാരിക്കാം ചെന്നു സംസാരിച്ചു ദേവസ്വൻ പറഞ്ഞു നീയെ അവരോട് മനഃപൂർവ്വം ക്ഷമിക്കുക അദ്ദേഹം പറഞ്ഞു അയ്യോ എനിക്ക് സാധിക്കുന്നില്ല ഞാൻ എനിക്കറിയാം ഞാൻ രക്ഷിക്കപ്പെട്ടയാളല്ലേ ഞാൻ മാനസന്ധപ്പെട്ടയാളല്ലേ പക്ഷേ ഇതെനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്റെ ഉള്ളിൽ തിളച്ച് വരികയാണ് ഞാൻ എന്താ ചെയ്യുക എനിക്ക് ഉള്ളിലെപ്പോഴും അങ്ങ് ജ്വലിച്ചു വരികയാണ് കത്തി വരികയാണ് എന്റെ ഉള്ളിൽ വൈരാഗ്യം പോകുകയാണ് ഞാൻ ഏച്ചു പറഞ്ഞിട്ട് പോകുന്നില്ല അദ്ദേഹം പറഞ്ഞു എസ്ഇ അൻപത്തിമൂന്ന് അധ്യായം വായിക്കാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ പാഠമാകട്ടെ പറഞ്ഞുതരാം എസ്ഇ അൻപത്തിമൂന്ന് അധ്യായം വായിക്കാൻ പറഞ്ഞു സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ അവന്റെ അടിപ്പണലുകളാൽ നമുക്ക് സൌഖ്യം വന്നിരിക്കുന്നു സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ അകൃത്യങ്ങൾ അവൻ ചുമന്നു നമ്മുടെ പാപങ്ങൾ അവൻ വഹിച്ചു അത് കഴിഞ്ഞതാണ് അത് സാധിച്ചു കഴിഞ്ഞ കാര്യമാണ് നീ പറയണം നീ ഇങ്ങനെ പ്രാർത്ഥിച്ചേ മാറ്റണേന്ന് പ്രാർത്ഥിക്കണ്ട നീ പറയണം എന്റെ കർത്താവെ എനിക്കീ വന്ന പാവം നീ കുരിശിൽ അതിന്റെ ശിക്ഷ നീ ഏറ്റു എന്റെ ഹൃദയത്ത് വരുന്ന കയ്പ് നീയെ ഗോകുൽത്തായിലെ കുരിസിൽ കുടിച്ചു കഴിഞ്ഞു എന്റെ ഹൃദയത്തിൽ വന്ന നീരസം നീ കുരിശിൽ വഹിച്ചു കഴിഞ്ഞു എന്റെ ഹൃദയത്തിലുണ്ടായ ക്ഷമിക്കാൻ മനസ്സില്ലാത്ത എന്റെ പരിഭവം എന്റെ ഹൃദയത്തിലെ വൈരാഗ്യം നാഥ അതിന് ശിക്ഷയും നീ വഹിച്ചു കഴിഞ്ഞു ദൈവത്തിന്റെ സ്ത്രോത്രം അതിന് ശിക്ഷയും നീ ഏറ്റു കഴിഞ്ഞു എന്റെ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു ഇനി ഈ ദോഷം എന്നെ അലട്ടാൻ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ വചനം വിശ്വസിച്ചുകൊണ്ട് സ്തുതിക്കാൻ പറഞ്ഞു ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തെ സ്തുതിച്ചു കുറേ നേരം സ്തുതിച്ചപ്പോഴേക്കും ആ വൈരാഗ്യാങ്ങ് പോയി നിർമ്മലമായ ബോധം വന്നു ഏതാ സ്തുതിച്ചത് എന്തുകൊണ്ടാ ഞാൻ ഏൽക്കേണ്ട ശിക്ഷ നീ ഏറ്റു കഴിഞ്ഞല്ലോ എന്റെ ഈ പാപത്തിന് ശിക്ഷ നീ വഹിച്ചു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സ്തുതിക്കുക മാത്രം ചെയ്തു ആ സ്തുതിയുടെ ശക്തിയാണ് പൂർവികിതാക്കന്മാർ അനുഭവിച്ചത് പരിശുദ്ധ പിതാക്കന്മാരനുഭവിച്ചത് അതാണ് സ്തുതിയുടെ ശക്തി ആ സ്തുതിയുടെ ശക്തി അറിയാവുന്നതുകൊണ്ടാണ് പിതാക്കന്മാർ നമ്മുടെ വിശുദ്ധ കുർബാനയില്ലാദ്യം ചൊല്ലുന്നത് സ്തുതിയും സ്തോത്രവും പ്രഭയും പുഴച്ചയും മാഞ്ഞ് നല്ല ഉന്നതിയും സദാ നേരം ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങളെ തീർക്കണമേ ഇടപെടാതെ കരയേറ്റണമെന്ന് വിതാക്കന്മാർ പറയാൻ കാരണം അതാണ് എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് ചിലർക്കറിയാമായിരിക്കും മേൽപട്ടക്കാർ പട്ടക്കാരുടെ ഷമ്മാസന്മാർ ഏർപ്പാടാക്കി കർത്താവ് ഇവരെ ഭൂമിയതിങ്കൽ അണിയിച്ചവർ അനിശം തന്നെ സഭയെ ഇവിടെ അനവരതം ചെയ്ത് ഏറ്റുവസിക്കുന്ന സ്തുതികളെ എന്തിനാണ് മേൽപെട്ടക്കാരെ നിയമിച്ചത് എന്തിനാണ് പട്ടക്കാരെ നിയമിച്ചത് എന്തിനാണ് ഷം്മാസന്മാരെ നിയമിച്ചത് സഭയിലവരെ ഏർപ്പാടാക്കിയത് എന്തിനാണ് സഭയിൻ മക്കളെ സ്തുതി അണിയിക്കാൻ എന്റെ ദൈവമേ സഭയിന്മക്കളെ സ്തുതി എന്ന മേലാടി അണിയിക്കാൻ എന്റെ ദൈവത്തിന് സ്തോത്രം എന്തിനാണ് മേൽപെട്ടക്കാര് എന്തിനാണ് പെട്ടക്കാര് എന്റെ ദൈവത്തിന് സ്തോത്രം സഭയിന്മക്കളെ സ്തുതി അഭ്യസിപ്പിക്കാൻ അഭ്യസിപ്പിച്ച് സ്തുതി ധരിപ്പിക്കാൻ സ്തുതി അണിയിക്കാൻ ഒന്ന് പാടാമോ മേൽപെട്ടക്കാർ കർത്താവി ഭൂമിയ ദീച്ചാരശം തന്നോടെ സഭയിടേ അനം ചേട്ടി വസീത്യം സൂരിഗളി ദൈവത്തിന സ്തോത്രം ണിയിച്ചാർ ഇവർ അനിശം അനിശന്നുവെച്ചെന്താണെന്നറിയാമോ എല്ലായ്പോഴും ഓൾവേസ് അനിശം തന്നെ സഭയെ അണിയിച്ചു എല്ലായ്പ്പോഴും അണിയിച്ചു രാവിലെ അണിയിച്ചു പിന്നെ ഊരിയെക്കാനല്ല ഞായറാഴ്ച അണിയിച്ചു ഊരിയക്കാനല്ല ദൈവത്തിന് സ്ത്രോത്രം ഈ ആഭരണം ഈ സ്തുതിയെന്ന ആഭരണം സ്തുതിയെന്ന മേലാട സ്തുതിയെന്ന നീരാളം ഇതൊക്കെ പിതാക്കന്മാർ പറയുന്ന വാക്കുകളാണേ ഈ സ്തുതിയെന്ന നീരാളം അതണിയിച്ചത് അനിശം എല്ല ഇപ്പോഴും ഇവിടെ അനവരതം ചെയ്തേറ്റ് വസിക്കുന്ന സ്തുതികളാൽ ദൈവത്തെ ആരാധിക്കാനാണ് അനവരതം ഇടതടവില്ലാതെ അനർഗളം അവിരാമം അനവരതം ചെയ്തേറ്റ് വസിക്കുന്ന സ്തുതികളാലേ ദൈവത്തെ ആഘോഷത്തോടെ ആരവാരത്തോടെ സ്തുതിക്കാനാണ് ഞാൻ അല്പം തുറന്നു പറയും ചുമ്മാ വെറുതെ സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞാലോ സ്തുതി സ്ഥിതി എന്ന് പറഞ്ഞാലോ പ്രൈസ് ദലോട്ട് പ്രൈസ് ലോട്ട് ഗ്ലോറി ഗ്ലോറി എന്ന് പറഞ്ഞാലോ അങ്ങനെയൊക്കെ പറയുന്ന കൂട്ടങ്ങളെ കണ്ടിട്ടുണ്ടേ ഒരു എനിക്ക് പ്രകടമായിട്ട് അറിയാവുന്ന പരസ്യമായി മഹാപാവം ചെയ്ത ഒരാള് ആ പാവത്തെ കുറിച്ച് തെല്ലും അനുഭവിക്കാതെ നമ്മുടെ കൂട്ടായ്മയിലുള്ള ആളല്ല വലിയ മിനിസ്ട്രീസ് നടത്തുന്ന ആളാണ് വലിയ മിനിസ്ട്രീസ് അദ്ദേഹം എന്നെ ഫോൺ വിളിച്ചു തുടങ്ങിയത് പ്രൈസ് ദലോഡ് എന്നാണ് ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല സാറേ യോഹനാസ് ആർ അല്ലേ അതെ പ്രൈസ് അലോട്ട് ഞാൻ വേണ്ടിയില്ല അതെന്താ മിണ്ടാഞ്ഞത് പ്രൈസിലോടെന്ന് പറഞ്ഞിട്ട് ഞാനെന്താ മിണ്ടാഞ്ഞത് കാരണം കേട്ടപ്പോ തന്നെ ആത്മാവിനോട് പറഞ്ഞു അതിന് എത്രയും വേഗം ക്ലോസ് ചെയ്യാ നല്ലതെന്ന് സ്തോത്രം അധികം മിണ്ടിച്ചില്ല അധികം മിണ്ടിച്ചില്ല ഞാന് ഫോൺ താഴെ വെച്ചു ഏതാണ്ടൊക്കെ പറയാൻ വലിയ കാര്യമായിട്ടാണ് വിളിച്ചത് മിണ്ടിച്ചില്ല അങ്ങനെയുണ്ട് ചില ആളുകൾ വലിയ പ്രൈസത്തിലോടൊക്കെ കാണും ഉള്ളിലൊരു കാമ്പില്ല കിട്ടും നിങ്ങൾ പുറമേയുള്ളതിനൊന്നും നോക്കരുത് ജീവിത വിശുദ്ധിയുണ്ടോ ജീവിത വിശുദ്ധി ഉണ്ടോ പൈസയുടെ കറവിരളാതെ ഇമ്മൊറാലിറ്റിയുടെ യാതൊരു മാലിന്യവും കലരാതെ അസാൻമാർഗികത്തിന്റെ കറവിരളാതെ സ്ഥാനമോഹത്തിന്റെ കറവിരളാതെ സ്വാർത്ഥതയുടെ കറവിരളാതെ ദൈവത്തിന്റെ സ്തോത്രം യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയും സ്നേഹവും യേശുക്രിസ്തു സ്വഭാവവും മാത്രം കൈമുതലാക്കിക്കൊണ്ടു പോകാനുള്ള പരിപാടിയുണ്ടെങ്കിൽ സ്തുതിക്കാം ആർത്ത് സ്തുതിക്കാം ആഘോഷത്തോടെ സ്തുതിക്കാം ഇപ്പൊ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഞാൻ എന്നാൾ പറഞ്ഞു എപ്പോഴോ പറഞ്ഞു എന്താണറിയാമോ എന്നും പ്രാർത്ഥിക്കും ഇന്നും പ്രാർത്ഥിച്ചു കർത്താവേ യേശു എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് നല്ലപോലെ തിരിച്ചറിഞ്ഞ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ നിരന്തര സ്തുതിക്കാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ യേശു എന്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവ് വന്നാൽ എല്ലാം ശരിയാകും യേശു എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തു ചെയ്തു തന്നു എന്ന് തിരിച്ചറിഞ്ഞ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ സ്തോത്രം സ്ഥോത്രം ഇപ്പൊ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കും കർത്താവെ ആ പരിശുദ്ധമായ സ്തുതി ഈ നിന്റെ മക്കൾക്ക് എല്ലാവർക്കും നൽകണമേയെന്ന് ഈ നിന്റെ ജനത്തിന്റെ എല്ലാവർക്കും ആ പരിശുദ്ധമായ പരിഭാവന സ്തുതി നൽകണമേയെന്ന് ഞാൻ പിന്നെയും വിഷയത്തിൽ നിന്ന് വിട്ടുപോയല്ലോ ഹയോഹന്ന സ്നാവകൻ അല്ലേ യോഹന്ന സ്നാവകൻ ഈ മലാഖി പ്രവചനത്തിന് ശേഷം ഏതാണ്ട് നാനൂറ് വർഷം കഴിഞ്ഞാണ് ജനിക്കുന്നത് ഏതാണ്ട് നാനൂറ് വർഷം മുന്നൂറ്റി അൻപതിന് നാനൂറിന് ഇടയ്ക്ക് ആ നാനൂറ് വർഷം അത് ഇസ്രായേൽക്കാരുടെ മൌനത്തിന്റെ കാലയളവാണ് ദോസ് ദ ഡാർക്ക് ഏജ് ഓഫ് ഇസ്രായേൽ ഈളടഞ്ഞ കാലമാണ് വെളിപാടുകളില്ല ദർശനങ്ങളില്ല യഹോയുടെ പ്രത്യക്ഷതയില്ല ൂറ് വർഷം ദൈവത്തിന്റെ പ്രത്യക്ഷതയില്ലാതിരുന്ന ജനം വളരെ ഭയാനകമായി പോയി ഒരു ദേവാലയമുണ്ട് ആ കാലത്താണ് മക്കാബിയരും മറ്റും എഴു നിൽക്കുന്നതൊക്കെ അന്തിയോക്കസ് എന്ന് പറയുന്ന രാജാവ് അതൊക്കെ വേദവസ്ത ചരിത്രമൊക്കെ അറിയാവുന്നവർക്ക് വേദവസ്ത ചരിത്ര അറിയാവുന്നവർക്ക് അന്ത്യോസെ എപ്പിപാനോസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഒരുവാനിരിക്കുന്ന അന്ത്യക്രിസ്തന്റെ പ്രതീകമായി അക്കാ സ്ത്രീയമാണ് അന്ത്യോക്യസ് എപ്പിപാനോസ് എന്നറിയുന്ന രാജാവെല്ലാം വളരെ വളരെ വളരെ മാരകമായ പ്രഹരം സ്രായോജനത്തിന് ഏൽപ്പിച്ച നിഷ്ഠൂർ ചക്രവർത്തിയായിരുന്നു മക്കാബിയർ എന്ന് പറയുന്നവര് രാജ്യം ഭരിച്ച കാലമായിരുന്നു ഫസ്റ്റ് മക്കാബിയൻസ് സെക്കൻഡ് മക്കാബിയൻസ് എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾക്ക് എഴുതപ്പെട്ട ആ കാലത്താണ് അതുകൊണ്ടാണ് അപ്പോക്രീഫ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ ബൈബിളിൽ പെടുത്തേണ്ടതില്ല എന്ന് ആദ്യമകാല ഹിതാക്കന്മാർ തീരുമാനിച്ചത് ദൈവത്തിന് സ്തോത്രം അപ്പോ ഗ്രന്ഥങ്ങൾ അതൊക്കെ പറയാൻ ഇപ്പൊ നേരമില്ലല്ലോ വേണ്ട പ്രിയപ്പെട്ടവരെ ബൈബിളൊക്കെ പഠിക്കണേ നിങ്ങൾ ധാരാളം വായിക്കണേ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കണം വായനാശീലം നിങ്ങൾ വളർത്തിയെടുക്കണം കൊച്ചു പിള്ളേർക്കൊക്കെ വായിച്ചാൽ തലയിരിക്കും പെന്നെ പോലെയുള്ളൊരു പ്രായമായിട്ട് വായിച്ചാൽ വല്ലതും കിട്ടുമോ വായിച്ചുപോകും അതവിടെ നിന്നിരിക്കില്ല പിന്നെയും മറക്കും ദൈവത്തിന് സ്തോത്രം ഈ ആ ഇരുണ്ട വലിയ ചില കെടുതികൾ സംഭവിച്ചു അത് ഒന്നു സൂചിപ്പിക്കാതെ പോകാൻ വയ്യ ആ കാലയളവിൽ യഹൂദരെ സാൻമാർഗീയമായി അനുബന്ധിച്ചു സാമുദായികമായി അധപ്പതിച്ചു യഹൂദ ജാതി ദൈവത്തിന്റെ ജനമാണ് ഇസ്രായേൽ ജനം ദൈവജനം അധപ്പതിച്ച കാലയളവാണ് ദൈവജനം വരണ്ടുപോയ കാലയളവാണ് റിച്വൽസ് ഉണ്ട് പക്ഷേ ആത്മീയമില്ല അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് ആത്മീയമില്ല ആ കാലത്ത് ദൈവത്തിന്റെ പുസ്തകത്തിൽ ദൈവത്തെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടില്ലാത്ത ചില പുതിയ പരിചയങ്ങളും പാരമ്പര്യങ്ങളും ആ കാലത്തുള്ള അന്ധകാര യുഗത്തിലുള്ളതായ ചില നേതാക്കന്മാർ അന്നത്തെ യഹൂദ സഭയിൽ വരുത്തി ഇസ്രായേൽക്കാരിൽ ദൈവജനത്തിന് വില കെടുതി വന്നു ചില അന്ധതയിലെ പാരമ്പര്യങ്ങൾ ചില അബദ്ധജിലമായ വിശ്വാസങ്ങൾ അതെല്ലാം ആ കാലയളവിലാണ് യഹൂദന്റെ മേൽ അടിച്ചേൽപ്പിച്ചത് യഹൂദ ജാതി അങ്ങനെ എല്ലാവിധത്തിലും ആന്തരികമായ വീര്യവും ജീവനും ചൈതന്യവും നഷ്ടപ്പെട്ടിട്ട് ആ കാലത്ത് യഹൂദ ജാതി ആ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ജനമെന്ന് പറയുന്ന ഇസ്രായേൽ ജനം അധപ്പൊച്ചുപോയി ചില ചടങ്ങുകളും ആചാരങ്ങളും മാത്രമായി നിന്നുപോയി ഹിന്ദു സമൂഹം അങ്ങനെയല്ലേ ഇന്നത്തെ സഭകളങ്ങനെയല്ലേ ആന്തരിക വിശുദ്ധി എവിടെയുണ്ട് അവിടെ ചില ചെറിയ തിരികൾ കത്തിനിൽക്കുന്നുണ്ടായിരിക്കും എല്ലായിടത്തും അവിടെ ഇവിടെ ചെറുതിരികൾ എന്റെ ദൈവമേ ഞങ്ങളെല്ലാവരും ആ ചെറുതിരികളുടെ കൂട്ടത്തിൽ ഒരു ചെറുതിരിയായി കത്താനിടയാക്കണമേ ദൈവത്തിന്റെ സ്ത്രോത്രം ഞാനിതെല്ലാം പറയുമ്പോൾ വലിയ വലിയ ആശ്വസിച്ചുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും അന്ധകാര യുഗത്തിലെ ചെറുതിരികളായി കത്തിനിൽക്കണം അന്ധകാരമുള്ള ഭവനത്തിലെ ഒരു ചെറുതിരിയായി കത്തിനിൽക്കണം ദൈവത്തിന് സ്തോത്രം നിങ്ങൾ ഓരോരുത്തരും അന്ധകാരമുള്ള ഇടവകയിലെ ചെറിയ നെയ്ത്തിരികളായി കത്തിനിൽക്കണം ദൈവത്തിന് സ്തോത്രം നിങ്ങൾ ഓരോരുത്തരും അന്ധകാരം നിറഞ്ഞ സാഹചര്യത്തിൽ നിങ്ങളുടെ ഓഫീസിലാകട്ടെ നിങ്ങളുടെ സ്ഥാപനത്തിലാകട്ടെ എവിടെയാണെങ്കിലും നിങ്ങൾ ക്രിസ്തുവിന്റെ നെയ്ത്തിരികളായി കത്തിനിൽക്കണം ഓ എന്റെ ദൈവമേ അതൊരു വലിയ ഭാഗ്യമല്ലേ വലിയ ഭാഗ്യമല്ലേ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമമോഹൃത്തപ്പെടട്ടെ സ്ത്രോത്രം വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ വന്നിട്ടില്ലേ പല സ്ഥലങ്ങളിലെ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്തോത്രം ഇന്നലെ ആരോ സാക്ഷ്യം പറഞ്ഞപ്പോഴല്ലേ പറഞ്ഞത് അത് ഇന്നാണോ ഞാൻ കേട്ടു ഞാന് മേഴ്സി മേഴ്സി നമ്മുടെ പുസ്തകം മുക്തിമാർഗ്ഗം എന്നുള്ള പുസ്തകം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത മേഴ്സി ഒരു കോളേജിലേ ഇംഗ്ലീഷ് ലെക്ചറാണ് മേഴ്സി സാക്ഷി പറഞ്ഞപ്പോഴാ പറഞ്ഞത് കേട്ടില്ലേ എന്താ പറഞ്ഞത് കോളേജിൽ സമയത്ത് ചെല്ലണമെന്ന് ഇവിടെ കൂട്ടായ്മയിൽ വന്നപ്പോൾ മനസ്സിലായി ഈ വിശ്വസ്തത വേണം ജോലിയിൽ കാര്യക്ഷമത വേണം എന്ന് മനസ്സിലായി മേഴ്സി ചെറിയാൻ അത് പറഞ്ഞ് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ഒരു വർഷമായി എനിക്കത് പാലിക്കാൻ ദൈവം കർമ്മ ചെയ്തുവെന്ന് വേണം സ്റ്റുഡന്റ്സ് സമയത്ത് ക്ലാസ്സിലെത്തണം ക്ലാസ് കട്ടി ഫ്രഞ്ച് ലീവ് എടുക്കരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ സൂത്രത്തിൽ കടന്നു പോകരുത് ക്ലാസ്സിൽ നിന്ന് സൂത്രത്തിൽ ക്ലാസ് കട്ട് ചെയ്തു പോകരുത് പഠിക്കാൻ ഒരു കൃത്യസമയം പഠിക്കണം അധ്യാപകരെ നല്ലപോലെ ജോലി ചെയ്യണം ഏത് തുറയിലാണെങ്കിലും നല്ലപോലെ ജോലി ചെയ്യണം പണി ഉഴപ്പരുത് ജോലി ഏറ്റവും വിശ്വസതയായിരിക്കണം മനുഷ്യരെ ബോധിപ്പിക്കാനല്ല ദൃഷ്ടിസേവകളാലല്ല ദൈവത്തെ പ്രസ്താദിപ്പിച്ചുകൊണ്ട് വേല ചെയ്യണം അങ്ങനെയുള്ള വചനം പറയുന്നത് ആരെയും ദൃഷ്ടിസേവ ആരുടെയും കണ്ണില് ഒരു നല്ല അഭിപ്രായം വരുത്താനല്ല എല്ലാം കാണുന്നു ദൈവം എല്ലാം അറിയുന്നു അവന്റെ മുമ്പിൽ ഞാൻ വിശ്വസനായി നിൽക്കണം എന്നുള്ള വിചാരത്തോടെ വില ചെയ്യണം ജോലി ചെയ്യണം അല്ലാതെ ഞാനും മാനസാന്തരപ്പെടുത്ത് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളുടെ മാനസാന്തരം നിങ്ങളുടെ പ്രവൃത്തിയിൽ കാണിക്കണം സ്തോത്രം ഈ അന്ന് ആ യുഗത്തിൽ ആ അന്ധകാര യുഗത്തിൽ അന്ന് ജീവനുള്ള ദൈവം ആശയോടെ പ്രതീക്ഷയോടെ ജനത്തിന് വലിയൊരു രൂപാന്തരം വരുത്താനുള്ള ആകാംക്ഷയോടെ യേശുക്രിസ്തുവിന് മുന്നോടിയായി യോഹന്നാസ് നാവുനെ അയച്ചു യോഹന്നാസ് നാവുകന്റെ ശുശ്രൂഷ അഞ്ച് വിധത്തിലായിരുന്നു നിങ്ങൾ കുറിക്കുന്ന പറയാം ഒന്ന് യേശുക്രിസ്തുവിനെ ദൈവകുഞ്ഞാട് എന്ന് വെളിപ്പെടുത്തി ഒന്ന് യേശുക്രിസ്തുവിനെ ദൈവകുഞ്ഞാട് എന്ന് വെളിപ്പെടുത്തി ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരനു വേണ്ടി ജനത്തെ ഒരുക്കാൻ നാം പുറപ്പെടുന്നുവെങ്കിൽ നമ്മുടെ നാവിലും നമ്മുടെ ഹൃദയത്തിലും നിറന്നു നിൽക്കേണ്ട ആശയങ്ങളാണ് ഞാൻ ഈ പറയുന്നത് യേശുക്രിഞ്ഞാട് എന്ന് വെളിപ്പെടുത്തണം ഓരോന്ന് വിശദീകരിക്കാം രണ്ട് യേശുക്രി ദൈവപുത്രൻ എന്ന് വെളിപ്പെടുത്തി ഒന്ന് യേശുക്രിസ്തുവിനെ ദൈവ എന്ന് വെളിപ്പെടുത്തി രണ്ട് യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വെളിപ്പെടുത്തി മൂന്ന് യേശുക്രിസ്തുവിനെ ആത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ എന്ന് വെളിപ്പെടുത്തി ബാഹ്യ സ്നാനമല്ല പുറമെയുള്ളൊരു സ്നാനമല്ല ആത്മാവിൽ സ്നാനം നടത്തുന്നവൻ എന്ന് വെളിപ്പെടുത്തി നാല് യേശുക്രിസ്തുവിനെ വിധികർത്താവ് എന്ന് വെളിപ്പെടുത്തി ന്യായാധിപതി എന്ന് വെളിപ്പെടുത്തി ജഡ്ജ് വിധികർത്താവ് ന്യായകർത്താവ് ന്യായാധിപതി എന്ന് വെളിപ്പെടുത്തി അഞ്ച് യേശുക്രിസ്തുവിനെ മണവാളൻ എന്ന് വെളിപ്പെടുത്തി അഞ്ച് കാര്യങ്ങൾ യേശുക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ശുശ്രൂഷയാണ് യോഗനാഥസ് നാകം ചെയ്തത് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ശുശ്രൂഷ എന്റെ ദൈവത്തിന് സ്തോത്രം അത് അല്പം ഒന്ന് വിശദീകരിക്കാൻ പോകാൻ പറ്റുന്നില്ലല്ലോ യേശുക്രിസ്തു ആര് എന്ന് നിങ്ങൾ വെളിപ്പെടുത്തണം അല്ലാതെ നിങ്ങളെ തന്നെ നിങ്ങൾ കാണിക്കേണ്ട അനുഭവസാക്ഷ്യം പറയേണ്ട എന്നല്ല വിനയത്തോടെ എളിമയോടെ ലജ്ജ കൂടാതെ പഴയകാലത്ത് ഓർത്ത് ഉള്ളമങ്ങ് കുറ്റബോധം കൊണ്ട് നിറഞ്ഞിട്ട് എന്നാൽ അതിൽ എന്നെ രക്ഷിച്ചല്ലോ എന്നുള്ള നന്ദി കൊണ്ട് ഹൃദയം ത്രസിച്ചിട്ട് നിങ്ങൾക്ക് സാക്ഷ്യം പറയാം പക്ഷേ ഒരിക്കലും നമ്മെ പുകഴ്ത്താനോ നമ്മെ ഉയർത്താനോ വേണ്ടി ഈ സാക്ഷ്യം പറയരുത് സ്ത്രോ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തണം എങ്ങനെ ഒന്ന് ജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തണം രണ്ട് യേശുവിനെ രക്ഷകനായി വെളിപ്പെടുത്തണം ദൈവ കുഞ്ഞാളായി വെളിപ്പെടുത്തണം ദൈവപുത്രനായി വെളിപ്പെടുത്തണം ന്യായകർത്താവായി വെളിപ്പെടുത്തണം സ്നാനം തരുന്നതിനായി വെളിപ്പെടുത്തണം ഒര് യേശുക്രിസ്തുവിനെ സഭയുടെ ഉണവാളിനായി വെളിപ്പെടുത്തണം ദൈവത്തിന്റെ സ്തോത്രം അത് നമ്മുടെ ജീവിതത്തിൽ കൂടി വെളിപ്പെടുത്താൻ കഴിയണം ഇല്ലെങ്കിൽ നാം കർത്താവിന് വഴിയൊരുക്കുന്നവരല്ല നിങ്ങൾ ഇപ്പോഴാണ് സമർപ്പണങ്ങൾ എടുക്കേണ്ടത് കർത്താവെ ഇത്രയും കാലം ഞാൻ ദൈവകേരെ ചെയ്തെങ്കിലും യേശുവിനെ വെളിപ്പെടുത്തിയില്ല എന്നെ വെളിപ്പെടുത്തി പലരെയും എന്നിലേക്ക് ആകർഷിച്ചു എന്റെ പ്രസംഗം എന്റെ സ്നേഹം എന്റെ വാത്സല്യം എന്റെ കരുണ എന്റെ കരുതൽ എന്റെ പ്രാപ്തി എന്റെ സാമർഥ്യം അതിലേക്ക് ഞാൻ പലരെയും ആകർഷിച്ചു ഞാൻ ഈ ദൈവവേലയിൽ കൂടി തന്നെയും എന്റെ സ്വാർത്ഥപരമായ ചില കാര്യങ്ങൾ നിറവേറ്റാൻ ഞാൻ ശ്രമിച്ചു കർത്താവേ ഞാൻ എന്റെ ദൈവമേ നിന്നെ ഞാൻ കാണിച്ചു കൊടുത്തില്ല എന്റെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിലും യേശുവിന് ഞാൻ കാണിച്ചു കൊടുത്തില്ല ഇതാണ് നാം അറിയേണ്ടത് ഇതറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം പൂജ്യമായി പോയിന്ന് മനസ്സിലാകുന്നത് ഇതുവരെയുള്ള എന്റെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയല്ലോ പൂജ്യമായി പോയല്ലോ നമുക്ക് മനസ്സിലാകും ഞാന് ഈ വിഷയം തയ്യാറായിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ദേവസനിൽ വളരെ വളരെ തെളിവപ്പെട്ടു കർത്താവേ ഞാനിതെല്ലാം ജനത്തോട് പറയാൻ തയ്യാറാകുകയാണ് പക്ഷെ എനിക്ക് ഇനിയും ഒരുപടി രൂപാന്തരം വരാനുണ്ടല്ലോ ജേശു ക്രിസ്തുവിനെ വാസ്തവ വായും വെളിപ്പെടുത്തിയോ ഒരു സമയത്ത് സഭയൊട്ടാകെ കൂടി പ്രസംഗിച്ചു പിന്നെ പലരും വിളിക്കാതായി അങ്ങനെയാണല്ലോ ആരും ആരും തിരിഞ്ഞോക്കാതായി ഏ കൂട്ടായ്മ നിർത്തിയാലേ വിളിക്കൂ എന്നുള്ള മട്ടൊക്കെയായി പക്ഷേ എന്റെ കരുണ ഇളകർത്താവ് തുടങ്ങിയ കൂട്ടായ്മ ഞാനിങ്ങനെ നിർത്തുക യേശു എബ്രഹാൻ തുടങ്ങിയതല്ലേ ഞാനൊരു മനുഷ്യൻ നിർത്താൻ പറ്റുമോ ഞാൻ വെട്ടിയായി പോവില്ലേ ഞാനിങ്ങനെ നിർത്തും ഇല്ല കൂട്ടായ്മ നിർത്തില്ല ദൈവദിന സ്ത്രോത്രം എന്റെ വീട്ടില് ഒരാളെങ്കിലും യോഗത്തിൽ വന്നാൽ യോഗം നിർത്തില്ല ഞാൻ എന്റെ തീരുമാനം തരണം അവസാനത്തെ ആളും വന്ന് തീർന്നാൽ പിന്നെ ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്ന് ഞാൻ സ്തുതിക്കും ആരെങ്കിലും മുടക്കി കഴിഞ്ഞാൽ പള്ളിക്കാർ മുടക്കി കഴിഞ്ഞാൽ ഞാന് ഞാന് ഒരു ഒരു കാരണവശാലും പള്ളിയിൽ കുർബാനയുടെ സമയത്ത് ഞാൻ എന്റെ വീട്ടിൽ യോഗം നടത്തില്ല ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ മുടക്കിയിരിക്കും ചെയ്യില്ല ാണ് ഞാനീ ദൈവമക്കളോടൊക്കെ പറഞ്ഞത് എന്റെ തീരുമാനം പള്ളിയിൽ അടക്കം ചെയ്തില്ലെങ്കിൽ എനിക്കൊരു കോസിലും ഉണ്ടാവില്ല എന്റെ മക്കൾക്കും ഒരു പ്രയാസമുണ്ട് മക്കളൊക്കെ വന്നിട്ടുണ്ട് അവർക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല വളരെ വ്യക്തമാണ് എന്റെ സ്റ്റെപ്പുകൾ ഹളോയി ദൈവത്തിന്റെ സ്തോത്രം ദൈവമക്കളെ സ്വർഗത്തിലെ ദൈവത്തെ നിങ്ങൾ മാനിച്ചാൽ ദൈവം നിങ്ങൾ മാനിക്കാതിരിക്കുമോ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാനിക്കാതിരിക്കുമോ നിങ്ങളുടെ കാര്യം നോക്കാതിരിക്കുമോ എനിക്ക് നല്ല ഉറപ്പേറിയ കാര്യം ഞാൻ ആവർത്തിച്ചു പറയട്ടെ നിങ്ങൾ യേശുവിനെ വെളിപ്പെടുത്താൻ നിങ്ങൾ തുടങ്ങിയാൽ യേശുവിനെ ഉയർത്താൻ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങളുടെ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നടത്തി തരും സംശയിക്കേണ്ട നിങ്ങളുടെ വിവാഹം ദൈവം നോക്കിത്തരും നിങ്ങളുടെ പഠിത്തം ദൈവം നോക്കിത്തരും നിങ്ങളുടെ ഭാവി ദൈവം നോക്കിത്തരും നിങ്ങളുടെ മക്കളുടെ കാര്യം ദൈവം നോക്കിത്തരും നിങ്ങളുടെ വീട് വയ്പ്പിന്റെ ദൈവം നോക്കിത്തരും ദൈവത്തിനു സ്ഥ എല്ലാ എല്ലാ എല്ലാം ഈ ഭൂമിയിൽ ഞാൻ അപ്പന്റെ മോനായി കഴിഞ്ഞാൽ മോന്റെ കാര്യം നോക്കിയേ പറ്റൂ മോളെ നീയെ സ്വർഗത്തിലെ മോളായി കഴിഞ്ഞാൽ നിന്റെ കാര്യം സ്വർഗ്ഗത്തിലെ അന്വേഷിച്ചേ പറ്റൂ അത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമായി കഴിഞ്ഞു നീ ദൈവത്തിന്റെ മോളായോ എന്നുള്ളതാണ് വിഷയം ദൈവത്തിന്റെ മകളാകുക ദൈവത്തിന്റെ സ്വത്തായി മാറുക ദൈവത്തിന്റെ സ്വത്ത് ദൈവത്തിന്റെ വക നിങ്ങളും പറയും യേശുവെ ഞാൻ നിന്റെ വക പറയും പക്ഷേ നമ്മളങ്ങനെ ആയിട്ടുണ്ടോ യേശുവിന്റെ വകയായി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാതിരിക്കുമോ സംശയിക്കണ്ട അത് പിന്നെ കർത്താവ് നോക്കുന്നത് നാം നോക്കുന്നവരും ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്നവരും ആയിരിക്കില്ല നാം ആഗ്രഹിച്ചവരെയായിരിക്കില്ല ഏറ്റവും നല്ലതായിരിക്കും കർത്താവ് നോക്കുന്നത് ഒട്ടും സംശയിക്കേണ്ട നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ മകനും മകളുമായി തീരാനുള്ള പരിപാടിയുണ്ടോ എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു അനേകർക്കത് സാധിക്കുന്നില്ല അനേകർക്ക് അതിന് അങ്ങനെ നിൽക്കാനുള്ള സമർപ്പണമില്ല അങ്ങനെ എല്ലാം ത്യജിച്ച് ക്രിസ്തുവിനുവേണ്ടി ക്രിസ്തുവിനുവേണ്ടി പൂർണ്ണമായി തെജിച്ചു നിൽക്കാൻ മനസ്സ് വരുന്നില്ല ഇപ്പൊ വേണമോ ഇപ്പ വേണമോ എന്ന ചിന്ത ഇപ്പം ഇപ്പോൾ ഇത്രയ്ക്കും വേണോ ഞാനൊരിക്കുന്ന നിങ്ങളോട് പറഞ്ഞത് ഓർക്കുണ്ടോ ഞാൻ പറഞ്ഞോ അത് എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ പ്രിയപ്പെട്ട ഔറാസാരൻ ഞങ്ങൾ വിളിക്കുന്ന ശ്രീ എൻ ടി അബ്രാഹാം പിന്നെ ഇവിടെ എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്ന ഇന്നലെ തിരുവോധനം പറഞ്ഞ ബേബി എന്ന് വിളിക്കുന്ന ശ്രീ പി ജെ അബ്രാഹാം അന്നും ഞങ്ങൾക്ക് വലിയ കൂട്ടാണ് അന്ന് പെങ്ങളെ കല്യാണം കഴിച്ചിട്ടില്ല ഞങ്ങൾ മൂന്നു പേരും കൂടെ ഞാനും കൂടെ ഞങ്ങളൊരു ദൂരെ ഒരിടത്ത് ഐരൂര്ന്ന് ഞാൻ പിന്നെ അവിടെ പോയിട്ടില്ല ഐരൂരെന്ന് പറയുന്ന സ്ഥലത്തൊരു വലിയ കൂട്ടായ്മയ്ക്ക് പോയി അപ്പൊ പമ്പാ തീരെ തീരമാണ് പമ്പാ നീരെ തീരം ഞാൻ ആദ്യമായിട്ടാണ് പമ്പ കാണുന്നത് ഞാനീ വീടും പരിസരവും ഇട്ട് അങ്ങനെ യാത്ര ചെയ്യാത്ത കാലമല്ലേ പത്ത് പതിനെട്ട് വയസ്സൊക്കെ ഉള്ളു തോന്നുന്നു മനസ്സിലന്നിപ്പെട്ടതാ അപ്പവിടെ ആ കൂട്ടായ്മ യോഗത്തിൽ തീർന്ന ആളില്ല പക്ഷെ എന്നാലും നല്ല ഒരു സ്കൂൾ ഹാളിലാണ് അവിടെ ആ കൂട്ടായ്മ യോഗത്തിലിരുന്നപ്പോഴ് അവിടെ ഒരാൾ പ്രസംഗിച്ചു സമർപ്പണത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത് സംഭൂണ സമർപ്പണം അതിപ്പോ ഞാത് കേട്ടപ്പോഴ് എല്ലാം വിട്ടുതിരിയുക ഈ എല്ലാം വിട്ടു പിരിയുക അപ്പെന്താ ചെയ്യുക അപ്പോ വീട്ടിൽ കൃഷിയുണ്ട് പല പല കാര്യങ്ങളുണ്ട് ഞാനെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ ജോലി ചെയ്ത് തുടങ്ങിയെനിക്ക് അറിയാൻ പാടില്ല ഓർക്കണില്ല ഒരുപടി കാര്യങ്ങൾ ആണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ നോക്കാൻ വേറെ ആരുമില്ല വേണമെങ്കിൽ എല്ലാ കഴിക്കണ്ടെന്നേക്കാം പക്ഷേ പിന്നെ കുടുംബത്തിലെ കാര്യങ്ങൾ ഇനി ആര് നോക്കും എങ്ങനെയാ കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ മനസ്സിനെ അലട്ടുന്നു അപ്പം എനിക്കൊരു സ്വസ്ഥതയില്ല രാത്രി ഉറങ്ങാൻ കിട്ടിയിട്ട് ഉറക്കം വരുന്നില്ല പ്രസംഗം കേട്ടുകഴിഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ വിട്ടുപിരിയാന്ന് പറഞ്ഞാൽ എന്താണിത് അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പൊ ഞാൻ ചിന്തിച്ചു ഭർത്താവ് എന്താണ് ഈ പറഞ്ഞത് ദേഹം പ്രസംഗിച്ചതായാലും ആത്മാവില്ല നല്ല പ്രസംഗ അത് നല്ല ശൈതന്യമുള്ള പ്രസംഗമായിരുന്നു പക്ഷേ എനിക്ക് എനിക്ക് പറ്റുമോ ഇങ്ങനെയൊക്കെ ഇപ്പോഴ് കുറച്ചുകൂടി പ്രായമായിട്ട് മതിയോ കുറെ കൂടി പ്രായമായിട്ട് കുറച്ചുകൂടി വയസ്സായിട്ട് മതിയോ അതൊക്കെ ഞാൻ ചിന്തിക്ക ദൈവത്തിന്റെ സ്തോത്രം അന്നിങ്ങനെ തിരിഞ്ഞും മറിച്ചും ചിന്തിച്ചുകൊണ്ട് രാത്രി ഉറങ്ങാതെ കിടന്നു ബെഞ്ചില് ബെഞ്ച് കൂട്ടിയിട്ടാണ് കിടക്കുന്നേ ബെഞ്ചിമേ കിടന്നു പായുന്നുണ്ടൊന്നില്ല ഒരുപടി ആളുകളല്ലേ ദൈവത്തിന്റെ സ്തോത്രം സഹോദരങ്ങളെ ഞാൻ പറയട്ടെ എനിക്ക് വലിയ അസ്വസ്ഥതയായിരുന്നു പിറ്റേ ദിവസമൊക്കെ പിറ്റേ ദിവസമല്ല എനിക്ക് ഭയങ്കര അസ്വസ്ഥത അന്ന് വളരെ ശ്രേഷ്ഠനായ ഒരു ദൈവദാസൻ അദ്ദേഹം പലരെയും വിളിച്ച് തീരുമാനമെടുത്തവരെ സാക്ഷി പറയാനിരിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുക എന്നെ കാണാതിരിക്കാൻ കാരണം അദ്ദേഹം എന്നെങ്ങാ വിളിച്ചുപോയാൽ ഞാൻ എന്തു പറയും എനിക്ക് സമർപ്പണം വന്നിട്ടുമില്ല പിന്നെ ഞാൻ എന്തു പറയും ഞാൻ വിഷമിച്ചിരിക്കുക എന്നെങ്ങാ വിളിച്ചു പോവുമോ ഞാൻ ഭയന്നിരിക്കുകയായിരുന്നു ദൈവത്തിന് സ്തോത്ര ഭാഗ്യം എന്നെ വിളിച്ചില്ല പ്രിയപ്പെട്ടവരെ എന്നാൽ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ആഴത്തിലുള്ള സമർപ്പണത്തിലേക്ക് എന്റെ കർത്താവ് നടത്തിയത് ഞാൻ സുശേഷൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു സുശേഷൻ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ദൈവകല ചെയ്തുകൊണ്ടിരുന്നു സഭയിൽ അംഗീകരിക്കപ്പെട്ട സുശേഷനായി ഓടി നടന്നുകൊണ്ടിരുന്നു പക്ഷേ പ്രിയപ്പെട്ടവരെ ആ സമർപ്പണത്തിന്റെ ആഴത്തിലേക്ക് അന്ന് പോയിരുന്നില്ല എന്താണെന്ന് എനിക്ക് പിടികിട്ടിയിരുന്നില്ല എല്ലാം വിടുക പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല എന്റെ ദൈവത്തിന് സ്തോത്രം പക്ഷേ എന്റെ ജീവനുള്ള ദൈവം എന്നെ മന്ദം മന്ദം അതിലേക്ക് കൈപിടിച്ച് നടത്തുകയായിരുന്നു ദൈവം എന്നെ നയിക്കുകയായിരുന്നു അഴമേറിയ സമർപ്പണം എന്താണെന്ന് എന്നെ അവിടുന്ന് പഠിപ്പിച്ചു തരികയായിരുന്നു ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മുഹൂർത്തപ്പെടട്ടെ ഞാനിന്ന് സന്തോഷത്തോടെ ഓർക്കുന്നു ഒരു വലിയൂഹ ഒരു നല്ല വേല തുടങ്ങിയവ അത് പൂർത്തീകരിക്കാൻ അധ്വാനിക്കുകയായിരുന്നു ആ പൂർത്തീകരണത്തിലേക്ക് പാവപ്പെട്ട എന്നെ പയ്യെ പയ്യെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ സ്തോത്രം എനിക്ക് എന്റെ സഹോദരങ്ങളോട് ഒരു വാക്കു പറയാറുണ്ട് നിങ്ങളാരും ഇപ്പോൾ നിൽക്കുന്ന സമർപ്പണത്തിൽ നിന്നാൽ നിങ്ങൾ എത്ര സമർപ്പണമുണ്ടെന്ന് പറയുന്നയാളും ഇന്ന് നിൽക്കുന്ന ഈ സമർപ്പണത്തിൽ നിന്നാൽ പോരാ നിങ്ങളെക്കുറിച്ച് കർത്താവിന് വലിയ ഉദ്ദേശമുണ്ട് നിങ്ങളെക്കുറിച്ച് വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കൊടുക്കേണ്ടവരാണ് ലോകത്തിന് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ടവരാണ് ലോകത്തിന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കേണ്ടവരാണ് കേവലം മുപ്പത്തി വയസ്സ് ചെല്ലുവാനോ ആയപ്പോഴേക്കും യോന്നാസ് തലവെട്ടി പ്രിയപ്പെട്ടവരെ ചെറിയ ചെറുപ്രായത്തിൽ തന്നെ കടന്നുപോയി സ്റ്റേപ്പാനോ സഹചെറുപ്രായത്തിൽ ആദ്യത്തെ പ്രസംഗത്തിൽ കല്ലേറുകൊണ്ട് മരിക്കുമ്പോൾ അതിനെക്കുറിച്ച് വായിച്ചപ്പോഴൊക്കെ ആദ്യ കാലത്ത് ഞാൻ ചിന്തിക്കും എങ്കിലെന്റെ കർത്താവെ നീ ഒന്ന് ആ കല്ലെറിയുന്നവരെ ദൈവത്തിന് സ്തോത്രം ഒരു സ്തേപ്പാനോസ് പോയെങ്കിൽ ഒരു സെന്റ് ബോൾ എഴുന്നേൽക്കാൻ പോവുകയാണ് ദൈവത്തിന്റെ സ്തോത്രം യേശുക്രിസ്തു കോതുമുണി പോലെ നിലത്ത് വീണിച്ച് ചത്തെങ്കിൽ അനേകം അനേകം രക്തസാക്ഷികൾ എഴുന്നേൽക്കാൻ പോവുകയാണ് കോതുമുണി നിലത്ത് വീണാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും വളരെ വിളവുണ്ടാകും എന്റെ ബഹുമാന സഹോദരങ്ങളോട് ഞാൻ എളിമയോടെ കെഞ്ചി പറയട്ടെ നിങ്ങളൊരു കോതുമുണി പോലെ നിലത്തു വീണിച്ചാകാൻ നിങ്ങൾ തയ്യാറാകുമോ തന്നെ തന്നെ തേയിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾ തേയിച്ചുകൊണ്ട് സ്വന്തം താൽപര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് യേശു യേശു യേശു യേശുവിന്റെ സ്വഭാവം പ്രാപിക്കണം യേശുര പ്രകൃതം പ്രാപിക്കണം യേശുര സ്വഭാവം പ്രാപിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടോ എങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ നിന്നുകൊണ്ട് അരുവരേക്ഷകരും ചിലതെല്ലാം ചെയ്യാൻ തുടങ്ങും അതിന് പ്രായഭേദമില്ലെന്ന് ഞാൻ പറയും ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയും അത് ചെറുപ്പക്കാർക്ക് സാധിക്കും യൌവനക്കാർക്ക് സാധിക്കും ബാല്യക്കാർ കുട്ടികൾക്ക് സാധിക്കും നല്ല പ്രായമായവർക്ക് സാധിക്കും ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് ദൈവത്തിന്റെ സ്തോത്രം ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ ഞങ്ങളുടെ പ്രദേശത്ത് വലമ്പൂര് കടയിരുപ്പ് ഞങ്ങളുടെ വലമ്പൂർ പള്ളിയിലും ഞങ്ങളുടെ കടയിരുപ്പ് ദേശത്തുമെല്ലാം ഉണർവ തുടങ്ങിയ സമയത്ത് പ്രസംഗം കേട്ടല്ല ആരും ആനസ്തരപ്പെട്ടത് സ്തോത്രം പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കും പ്രസംഗം തുടരാൻ പറ്റില്ല പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കും ഞാൻ ഓർക്കുന്നു അവിടെ ഒരു വീട്ടിൽ ചെന്ന് പ്രസംഗം ആരംഭിച്ചു പക്ഷേ പ്രസംഗിച്ചത് ആരാണെന്നോ പ്രസംഗിച്ച വിഷയം എന്താണെന്നും ആരും കേട്ടിട്ടല്ല പരിശുദ്ധാത്മാവിങ്ങനെ പറന്നിറങ്ങുകയായിരുന്നു എന്റെ ദൈവമേ അങ്ങനെ നല്ല കാലം ഞങ്ങൾക്ക് തരികയില്ലയോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും നല്ല കാലം തരികയില്ലയോ ഏഹോ വേ ഞങ്ങൾക്ക് പോലെ ഒരു നല്ല കാലം വരുത്തി തരണമേ വചനം കേട്ടല്ല ആരും തിരിഞ്ഞത് വചനം കേൾക്കണ്ടായിരുന്നല്ല പക്ഷേ പരിശുദ്ധാത്മാവിങ്ങനെ അന്ന് ഇറങ്ങാൻ കാത്തു ഇന്ന് ഈ പകൽക്കാലം നമ്മുടെ മധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് റങ്ങി വരുമോ ഇന്ന് എന്റെ ഭർത്താവിയെ നിയമാനസ് അലിഞ്ഞ് ഞങ്ങളുടെ മധത്തിലേക്ക് ഇന്ന് ഇറങ്ങി വരുമോ അതിനെന്താണ് തടസ്സം പരിശുദ്ധാത്മ ഇറങ്ങി വരുന്നതിന് എന്താണ് തടസ്സം പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആത്മാവിനെ ചോദ്യം ചെയ്യുന്ന ചിന്താഗതികളുണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മ ഇറങ്ങി വരില്ല ദൈവത്തിന്റെ സ്തോത്രം പരിശുദ്ധാത്മാവിനെ സംശയിക്കുന്ന ഏതെങ്കിലും മുൻവിധികളോ മുൻധാരണകളോ ഉണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങില്ല ദൈവത്തിന്റെ സ്തോത്രം ആത്മാവിന്റെ വഴികൾ പലതും കണ്ട് കേട്ടേ പലതും പിടികിട്ടാതെ ഇതൊക്കെ ശരിയാണോ ഇതൊക്കെ സത്യമാണോ എന്നൊരു ചോദ്യം മനസ്സിലുണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മ ഇറങ്ങില്ല ദൈവത്തിന് സ്തോത്രം ഏതെങ്കിലും മുൻ ധാരണകളോടെ ഇരിക്കുന്നവരുടെ മേൽ ഇറങ്ങില്ല എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവിനെ എന്റെ നാഥ ഞങ്ങൾ തന്നെയാണ് അകറ്റി നിർത്തിയിരിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് പരിശുദ്ധാത്മാവിനെ അകറ്റി നിർത്തിയിരിക്കുന്നത് നിന്നെ ചോദ്യം ചെയ്യുകയും നിന്നെ സംശയിക്കുകയും നിന്നെ അവിശ്വസിക്കുകയും ചെയ്യുന്ന ചില സ്വഭാവങ്ങൾ ഞങ്ങളിലുണ്ട് ആദ്യകാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യകാലത്ത് അങ്ങനെയുള്ള ചിന്താഗതി ഉണ്ടായിരുന്നില്ല അന്നെല്ലാം കണ്ണുമുടച്ചു ചേർന്ന് വിശ്വസിക്കുക എല്ലാം ചേർന്ന് അങ്ങ് അനുസരിക്കുക അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് പലതിലും ചോദ്യങ്ങൾ വന്നിട്ടാണ് അനുസരിക്കുന്നത് ഇന്ന് പലതിലും സംശയങ്ങൾ വന്നിട്ടാണ് അനുസരിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവെ എന്റെ ദൈവമേ ഇതിൽ ഹ്യൂമൻ എലിമെന്റ് കണ്ടുപോയി അതുകൊണ്ടാണ് ആത്മാവ് മാത്രമാണെന്ന് കാണാൻ പറ്റാത്ത കൊണ്ടാണ് നിന്റെ ആത്മാവ് ഇറങ്ങി വരാൻ മടിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു കർത്താവെ അതും ഞങ്ങളുടെ അറിവ് പോലും പൂർണ്ണതയല്ലതല്ല ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകൊണ്ടെന്ന് ഞാൻ ധരിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ഇന്ന് ഈ പകൽക്കാലം ഈ ഉച്ച നേരത്ത് പരിശുദ്ധ ആത്മാവ് നമ്മുടെ മേലെ ഇറങ്ങാൻ നിങ്ങളൊന്ന് നിങ്ങളുടെ ധാരണകൾക്കൊന്ന് മാറ്റുമോ ദൈവത്തിന് സ്തോത്രം ആ പരിശുദ്ധാത്മാ ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഇനി അടുത്ത കാര്യം പറയാൻ ആ അഞ്ച് കാര്യങ്ങൾ യേശുവിനെ വെളിപ്പെടുത്തി കൊടുത്തതായ അഞ്ച് കാര്യങ്ങൾ അത് പറയാൻ അത് പറയുന്നതിന് മുമ്പ് ആത്മാവ് ഒന്ന് ഇറങ്ങണം കർത്താവിനെ വെളിപ്പെടുത്തണ്ടേ അതിന് പരിശുദ്ധാത്മാവ് ഇന്ന് ഇറങ്ങണം ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ മുൻധാരണകളെല്ലാം നിങ്ങൾ മാറ്റി നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും മാച്ച് എന്റെ ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ മനോഭാവങ്ങളെല്ലാം മാച്ച് വേറൊന്നും വേണ്ട കർത്താവെ ഇന്നോ ദിവസം ഞാനും കടന്നുപോകും ഇന്നിവിടെ അമ്മണി സാക്ഷ്യം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അമ്മി പറഞ്ഞു അമ്മിയുടെ ഭർത്താവിന് ജോസിന് നാൽപ്പത്തിരണ്ട് വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായം സ്വന്തമായിട്ടൊരു വീട് പണിതു നല്ലപോലെ മേയ്സൻ പണി അറിയാം ജോസ് തന്നെയാണ് പണിതത് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സ്തോത്രം ജോസ് തന്നെ പണിതു ഞാൻ പറയട്ടെ ആ ജോസ് തന്നെ അത് തേച്ചു പ്ലാസ്റ്റർ ചെയ്തു ചുമരൊക്കെ തേച്ചു നല്ല വീട് ഞാൻ പോയി കണ്ടു നല്ല വീട് പോര അതിനു പുറമെ പിന്നെ ജോസ് തന്നെ വെയ്റ്റ് വാഷ് ചെയ്തു അത് അടുത്ത വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ ആ സംഭവം നടക്കുന്നതിന്റെ അടുത്ത വ്യാഴാഴ്ച അവര് ഹൌസ് വാമിംഗ് വീട് അത് കൂതാശ ചെയ്ത് ആ വീടിൽ കയറി പാർക്കാൻ ഇരിക്കുകയാണ് എന്റെ ദൈവമേ ദൈവത്തിന്റെ സ്തോത്രം എല്ലാ പണിയും തിരുത്ത അന്ന് അവര് വേറൊരു വാട് വീട്ടിൽ കിടന്നുകൊണ്ടാണ് ഇവിടെ ഈ പണികളൊക്കെ ചെയ്യിച്ചത് എന്നിട്ട് അവർ അവിടെ എല്ലാ പണിയും തീർത്ത് രാത്രി പ്രാർത്ഥിച്ചു അത്താഴമുണ്ടു ജോസ് മക്കൾ മൂന്നുപേരുണ്ട് മക്കളോട് കർത്താവ് തന്നതാണ് മക്കളെ ഇതെല്ലാം നമുക്ക് കർത്താവ് തന്ന വീടാണ് എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് ജോസ് അമ്മിയും മക്കളും എല്ലാവരും കിടന്നുറങ്ങി രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ പെട്ടെന്ന് ജോസിന് ഒരു പ്രയാസം ഞെട്ടിയുണർന്നു നെഞ്ചിൽ ഭയങ്കരമായ വേദന ശക്തമായ വേദന സഹോദരങ്ങളെ ആ വേദന ഭയങ്കരമായ വേദന അയ്യോ എന്നെ നെഞ്ചം തടവി തരൂ നെഞ്ചും തിരുമ് നല്ലപോലെ തിരുമ് പറഞ്ഞു നെഞ്ചു തിരുമിക്കൊടുത്തു പക്ഷേ പ്രിയപ്പെട്ടവരെ വേദന കൂടിക്കൂടി വന്നു ഹാർട്ട് അറ്റാക്കായിരുന്നു യാഗ നല്ലപോലെ ജോലി ചെയ്യുന്നയാള് നല്ല ജോലി ചെയ്യും എന്റെ ദൈവമേ എന്റെ വീട്ടിൽ വന്ന് വളരാൾ താമസിച്ചിട്ടുണ്ട് ജോലി ധാരാളം ചെയ്തിട്ടുണ്ട് ഇവിടെ കുഞ്ചാന്റെ വീട്ടിൽ നിന്ന് ഡോക്ടർ കെ ടി പോലീസിന്റെ താമസിച്ചിട്ടുണ്ട് ജോലി ധാരാളം ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും മാലസാന്റെ വീട്ടിലും താമസിച്ചുണ്ടെന്ന് തോന്നുന്നു അവിടെയും ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെയെല്ലാം ഈ പ്രദേശത്തൊക്കെ ദൈവമക്കൾക്ക് പല പല ജോലികളും ചെയ്തു കൊടുത്തിയ ആളാണ് ദൈവത്തിന്റെ സ്തോത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ജീവിതം ഇവിടെ ഭൂമിയിൽ അവസാനിച്ചു ആ വീട്ടിലൊന്ന് കയറിപ്പാർക്കാൻ ഒറ്റ ദിവസം പോലും കയറിപ്പാർക്കാൻ ജോസിനെ കഴിഞ്ഞില്ല ദൈവത്തിന്റെ സ്തോത്രം ഇന്ന് നമ്മളിവിടുത്തെ സാക്ഷ്യം പറഞ്ഞല്ലോ എന്റെ സഹോദരങ്ങളെ നിങ്ങളോട് പറയട്ടെ ഏത് നേരത്താണ് മരണം വരുന്നത് ഇനിയും സംശയങ്ങളൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട ഈ ഭൂമിയിലുള്ളതെല്ലാം മായിയാണ് കേട്ടോ ഇവിടെയുള്ളതെല്ലാം മായുകയാണ് എപ്പോഴാണ് വിട്ടുപോകുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്കറിഞ്ഞുകൂടാ നാം എല്ലാം വെറും യാത്രക്കാരാണ് വെറും പരദേശികളാണ് തൽക്കാല ജീവിതം യാത്രയെന്ന് തീരുമോ ചരിത്രയിൽ ഈ ഭൂമിയിലെ യാത്ര എന്നാണ് തീരുന്നത് ഈ പരദേശപ്പെടയാണെന്നാണ് തീരുന്നത് ഇന്ന് ഈ പറയുന്ന മനുഷ്യൻ നാളെ ഈ ഭൂമിത്വം ഉണ്ടോ എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്ന് കേൾക്കുന്ന നിങ്ങളെല്ലാവരും നാളെ ഇവിടെ ഉണ്ടോ ദൈവത്തിന് സ്തോത്രം എന്റെ ദൈവമേ എന്തെല്ലാം എന്തെല്ലാം എന്തെല്ലാമാണ് ഈ ലോകത്ത് നടക്കുന്നത് എന്റെ കർത്താവിന് സ്തോത്രം നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ ഭയപ്പെടുത്താനോ പറയുകയല്ല ആരും ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷെ ഒരു സത്യം ഞങ്ങൾ പറയുകയാണ് ഈ ലോക നശ്വരമാണ് ഇത് ക്ഷണികമാണ് എന്റെ ദൈവത്തിന് സ്തോത്രം എന്റെ അപ്പൻ അപ്പന്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മരിച്ചു എന്റെ ചേട്ടൻ ചേട്ടന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ മരിച്ചു എന്റെ ദൈവമേ മനുഷ്യജീവിതത്തെ നിസ്സാരം എത്ര ക്ഷണികം ദൈവത്തിന് സ്തോത്രം എന്റെ പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് ഇനി വൈകരുത് മരിച്ചതാൽ പ്രാപിക്കാൻ ഇനി നിങ്ങൾ വൈകരുത് നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവിനെ കടന്നുവരാൻ തടസ്സമായി എന്തെല്ലാം നിൽക്കുന്നുണ്ട് എന്തെല്ലാം എന്തെല്ലാം പരിഭവങ്ങൾ എന്നെ നോക്കിയില്ല എന്നെ കരുതിയില്ല എന്നെ മാനിച്ചില്ല എന്നെ സ്നേഹിച്ചില്ല എന്നോടൊരു കരുണയില്ല എന്റെ കാര്യത്തിൽ ഗൌരിപ്പില്ല ഇങ്ങനെ ദൈവമക്കളെക്കുറിച്ച് നിങ്ങൾക്ക് പരാതിയുണ്ടോ ദൈവത്തിന് സ്തോത്രം എല്ലാം മറന്നുകളയൂ ദൈവത്തിന് സ്തോത്രം എല്ലാം മറന്നു കളയൂ ആരോടെങ്കിലും പകയുണ്ടോ എല്ലാം വിട്ടുകളയൂ ആരോടെങ്കിലും ഇപ്പോഴും ക്ഷമിക്കാതെ മനസ്സിൽ പരിഭവമുണ്ടോ എല്ലാ മെട്ടുകളെയും എന്റെ ദൈവത്തിന്റെ സ്തോത്രം ഒന്നും ബാക്കി വയ്ക്കേണ്ട നിങ്ങൾ വിശ്വസിച്ചാൽ മതി അതെല്ലാം യേശു കുരിശിൽ വഹിച്ചു അതിന് ശിക്ഷയെല്ലാം യേശു വഹിച്ചു കഴിഞ്ഞു വിശ്വസിച്ചാൽ മതി മാറുന്നില്ല മാറുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട യേശു അത് ഏറ്റു കഴിഞ്ഞു വിശ്വസിക്കുക അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൌഖ്യം വന്നിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുക യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൌഖ്യം വന്നിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുക അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൌഖ്യം വന്നിരിക്കുന്നു സ്ത്രോത്രം അങ്ങനെ നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധർമാവും നിങ്ങളുടെ മേൽ വരും യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളെ പൊതിയും യേശുക്രിസ്തുന്റെ രക്തം നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തിൽ വരും യേശു രക്തം നിങ്ങളുടെ സെലകളിലൂടെ ഒഴുകും യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ ധവനികളിലൂടെ ഒഴുകും യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളെ നെറ്റ്യിൽ ആർത്തിത്തരും യേശു രക്തത്തിന്റെ അടയാളമില്ലാത്ത ആന്തരിക അവയവങ്ങളോ യേശു കൃഷ്ണന്റെ രക്തത്തിന്റെ അടയാളമില്ലാത്ത ബാഹ്യേന്ദ്രീയങ്ങളോ നിങ്ങൾക്കുണ്ടായിരിക്കേയില്ല എല്ലാരിലും യേശുക്രിസ്ത്യന്റെ രക്തത്തിന്റെ അടയാളം വന്ന് വീഴും ഹാലലോഹിയ ഇത് അഹോവയ്ക്ക് വിശുദ്ധമെന്ന് അവിടെ എഴുതി വയ്ക്കും ഹാലലോഹ്യ ഓരോ അയ്യോത്തിന്മേലും ഇത് അഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതി വയ്ക്കും ഹാലലുയ്യാ ദൈവത്തിന് സ്തോത്രം ഇത് അഹോവയ്ക്ക് വിശുദ്ധം ശത്രുവിനെ അവിടെ നിൽക്കാൻ ഒക്കുകയില്ല അത് യേശുക്രിസ് രക്തമാണ് അവിടെ മുദ്രയിട്ടിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ശത്രുവിനെടുക്ക എടുക്കാൻ ഒക്കുകയില്ല പൈസാശിസക്തിക്ക് അങ്ങോട്ട് അടുത്തു വരാൻ സാധ്യമല്ല ഹാലലുയ്യാ ദൈവത്തിന് സ്തോത്രം ഈ സമയം തന്നെ ആരും പഠിക്കണ്ട ആരും സംശയിക്കേണ്ട നിങ്ങൾക്ക് പരിശുദ്ധാൽ വേണമെന്നുണ്ടെങ്കിൽ ഹാലുയ്യ ദാഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്ന ജീവജലം സൌജന്യമായി വാങ്ങട്ടെ ഹാലലുയ്യ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിയേസിൽ നിന്നുകൊണ്ട് ദാഹിക്കുന്നതിനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് ഒഴുകുമെന്ന് പറഞ്ഞു കർത്താവെ എനിക്ക് ദാഹജലം തരണമേ പരിശുദ്ധാത്മാവ് എനിക്ക് തരണമേ എന്റെ മേൽ അതിന്റെ ആത്മാവ് ഇറങ്ങണമേ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെ എന്റെ മേൽ പകരണമേ പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെ എനിക്ക് തരണമേ കാത്തിരിക്കുന്നവരുടെ മേൽ പകരുന്ന ആത്മാവിനെ എന്റെ മേൽ വിശുദ്ധിയുടെ ആത്മാവേ സമാധാനത്തിന്റെ ആത്മാവേ ഐക്യത്തിന്റെ ആത്മാവേ എന്റെ മേലിറങ്ങി ആവസിക്കണമേ സ്നേഹത്തിന്റെ ആത്മാവേ എന്നിൽ കുടിവാർക്കണമേ ജീവനുള്ള ആത്മാവേ എന്റെ ഉള്ളത്തിലേക്ക് ഇറങ്ങി വരണമേ സൗഖ്യത്തിന്റെ ആത്മാവേ എന്നിലേക്ക് ഇറങ്ങി ആവസിക്കണമേ സ്നേഹത്തിന്റെ ആത്മാവേ എന്നേക്ക് ഇടിച്ചിറങ്ങണമേ ആലു സ്ത്രോത്രം സ്തോത്രം വിശ്വാസത്താൽ നിങ്ങളിത് അനുഭവമാക്കുകയും വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും വിശ്വാസത്താൽ നിങ്ങളുടെ ശാപദോഷങ്ങൾ വിട്ടൊഴിയട്ടെ വിശ്വാസത്താൽ ക്രിസ്തു രക്തത്തിന്റെ നാമത്തിൽ രക്തത്തിന്റെ അടയാളത്തിൽ യേശുവിന്റെ ശക്തി നിങ്ങളുടെ മേലിറങ്ങട്ടെ യേശുവിൻ രക്തത്തിന്റെ അടയാളത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ ആത്മാവ് നിങ്ങളിലേക്ക് ആവസിക്കട്ടെ ഹലലുയ ഹലലുയ ഹലലുയ ശാപങ്ങൾ മാറട്ടെ പാപങ്ങളെല്ലാം കത്തിപ്പോകട്ടെ ദുരിതങ്ങൾ തീരട്ടെ രോഗങ്ങൾ സൌഖ്യമാകട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ പൈശാലിക സേനകൾ വിഭ്രമിച്ചകലട്ടെ എറിയോ കോട്ടകൾ തകരട്ടെ കനനാട് അവകാശമാകട്ടെ യോർദാൻ തിരിയട്ടെ യോർദൻ പെരിയട്ടെ യോർദൻ വച്ചട്ടെ ചങ്കടൽ പിളരട്ടെലുലൂ